ഭഗവാൻ പറയുന്നുണ്ട് നീ പറയാൻ പോകുന്നുണ്ട് അർജുനോട് തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യ കാര്യവ്യവസ്ഥിതവും നിനക്ക് ശാസ്ത്രമായിരിക്കട്ടെ പ്രമാണം നിന്റെ ചെയ്തികൾക്കെല്ലാം കാഴ്ചകൾക്കെല്ലാം എല്ലാറ്റും അപ്പൊ ഇതാ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യം നീ തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ നീ സമത്വത്തെ പാലിക്കുന്നവൻ സമത്വം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിക്കൊള്ളണം അല്ലാതെ സന്തോഷ എന്തെങ്കിലും വരുമ്പോൾ അയ്യോ ഭഗവാനെ പേടിയാവൂ എനിക്ക് സന്തോഷിക്കാൻ ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയല്ല നിങ്ങളെന്തും അതായത് ദയവ് ഈശ്വരനോട് പ്രാർത്ഥിക്കാതിരിക്കൂ ഭഗവാനെ എന്നെ കിടത്താതെ കൊണ്ടുപോകണേ എന്നൊന്നും നിങ്ങൾ പറഞ്ഞോളൂ എവിട്ടയും ഞാൻ റെഡിയാണ് ഭഗവാനെ നാട്ടു റോട്ടിൽ എന്താ നായകടിച്ച് വലിക്കുകയാണെങ്കിലും അങ്ങയുടെ നിശ്ചയം എന്താണോ അതൊക്കെ നടക്കട്ടെ ഞാനെന്നും സാക്ഷിയായിരിക്കും അത് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും വേണ്ട എനിക്ക് രോഗം വരരുത് എന്നെ അവിടെ കിടത്തരുത് ഇവിടെ കിടത്തരുത് എല്ലാം അറിയുന്നവനായി ഞാനങ്ങനെയിരിക്കും അങ്ങയുടെ ഈ അതിസുന്ദരമായ ഭൂമിയിൽ ഈ വിശ്വത്തിൽ ആ വിശ്വകരങ്ങളെ അദൃശ്യമായ ആ വിശ്വകരങ്ങളെ നോക്കിക്കൊണ്ട് ആ തലോടലിനായി സ്പർശനത്തിനായി സാന്ത്വനത്തിനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും ആ ഒരു ഭാവത്തിൽ വേണമെന്ന് പറയും അല്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അച്ഛൻ്റെ നേരെ അമ്മയുടെ നേരെ അമ്മാവന്റെ നേരെ ഭാര്യയുടെ നേരെ ഭാര്യയുടെ അച്ഛൻ്റെ നേരെ മരിച്ചുപോയ അവരുടെ ഭാവം അമ്മാവന്റെ നേരെ ആ കാരണം വരെയാണ് ഇതിനൊക്കെ കാരണം എന്തിന് വെറുതെ വ്യതയന്ദേ പുരുഷം പുരുഷർഷ സുഖതുക്ക സമം ധീരം സഹ അമൃതത്വായ കൽപ്പതേ എങ്കിൽ നാം അമൃതത്വത്തിന് അർഹരാണ് യോഗ്യരാണ് അർജുനന്മാരുടെ മുഴുവൻ സാധ്യതകളും ഇവിടെയാണ് ഇവർ ഇവിടെ മുഴുവൻ സാധ്യത അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറയുന്നു കമ്പതേ ജ്ഞഹ അചല സിന്ധുവാരിവത് മേരുഹു ഇവ അപ്രകമ്പനവത് മേരുവെ പോലെ പർവ്വതം പോലെ ഇളകാത്തവനായിട്ട് സമുദ്രം പോലെ അതിന്റെ അടിത്തട്ടിൽ ആ സമുദ്രത്തിൽ ഒരിളക്കുമില്ല എന്ന് പറയാ അതുപോലെ നിലകൊള്ളണം എന്ന് പറയാ അവനാണ് അമൃതത്വത്തിന് അർഹൻ അല്ലാതെ കൊറേ അമ്പലത്തിൽ പോയിട്ടോ കൊറേ ശബരിമലയ്ക്ക് പോയിട്ടോ കുറെ വഴിപാട് ചെയ്തിട്ടോ പാൽപായസം കഴിച്ചിട്ടോ ആ പാൽപായസം കഴിക്കുന്നവൻ അമൃതം അത് പഞ്ചാമൃതം എന്നൊക്കെ പഞ്ചാമൃതം സേവിച്ച അമൃത് കിട്ടോ ഇല്ല അതൊക്കെ ചെയ്തോളൂ അതൊക്കെ അറിയുക എന്തിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ഇതൊക്കെ സഹായിക്കും ക്ഷേത്രങ്ങളൊരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പം ഞാൻ എൻ്റെ ശരീരത്തിനകത്തേക്ക് തന്നെയാണ് ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന പ്രതിഷ്ഠ അതിൽ കണ്ണടയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗർഭത്തിൽ എന്താണോ എൻ്റെ അകത്തിരിക്കുന്നത് എൻ്റെ അകത്തിരിക്കുന്ന ദേവനെ നോക്കാൻ ഇങ്ങനെയൊരു ദേവപ്രതിഷ്ഠ സഹായകമായിരിക്കും ആ ഒരു എന്നെ അറിയാൻ എൻ്റെ തന്നെ പ്രതിരൂപമാണ് ഈ ക്ഷേത്രം ആ ശ്രദ്ധയോടുകൂടി വേണം പോവാൻ അതല്ല വാച്ച് നോക്കി എന്തായി തിരുമേനും ഇത് തുറക്കാത്തത് ഇയാളാണ് ഈ തുറക്കുന്നില്ല മനുഷ്യന് ബസ് പോകുന്ന തോന്നണത് ഇയാൾ ഉറങ്ങിപ്പോയി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഏത് നേരം പ്രാർത്ഥിക്കാം രാമ രാമ രാമ രാമ രാമ രാമ രാമ ഈ വാച്ച് ഇങ്ങനെ നോയിക്കൊണ്ട് ഇത് ബാഗു അതും ഇത് പിന്നെ അവിടെ ചെരുപ്പുണ്ട് അത് ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അതെ എന്നിട്ട് പറയുന്നുണ്ട് കായേന വാചാ മനസേന്ദ്രിയോ ഉദ്യാത്മനാവോ പ്രകൃതയസ്വഭാവ കരോമി സകലം പരസ്മി നാരായണ എഴുതി സമർപ്പയാമി ഗുരുവായൂരപ്പ പുറത്തിറങ്ങി നോക്കുമ്പോ ചെരുപ്പ് കാണാനില്ലേ അപ്പൊ പറ ഒരു കാലത്തും നന്നാവില്ല അപ്പൊ ചെരുപ്പൊഴികെ ബാക്കിയെല്ലാം സമർപ്പിച്ചു സർവം സമർപ്പയാമി എന്നാ പറഞ്ഞത് നാരായണ എഴുതി സമർപ്പയാമി ഏത് ഇത് എത്ര സമർപ്പിക്കും നമ്മൾ ഒരാൾ ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക ഇഷ്ടദാനം എത്ര കൊടുക്കാം എത്ര പ്രാവശ്യം നമ്മുടെ സ്വത്തുവകകളൊക്കെ കൊടുക്കാൻ പറ്റും ഒരിക്കൽ മതി ഒരിക്കൽ പറഞ്ഞാൽ മതി ഭഗവാനോട് കായനവാച മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവാത് കറോമിയദ്യ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി എല്ലാം കരചരണകൃതം വാ കായചം കർമ്മജം വാ കരം കൈകൊണ്ടും കായം കൊണ്ടും ശരീരം അതായത് കായം കൊണ്ട് അബദ്ധത്തിൽ അതുണ്ടായ അതല്ല അതെ അതെ കായം കൂടിയതിന് ഉള്ളൊരു മന്ത്രാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അഥവാ കായം കൂടിയാൽ ഈ മന്ത്രം ജപിച്ചാൽ മതി കായേനവാച അത് ഇന്നലെ അനൈക്ക് സംഭാവന പോലെ അത് വെച്ചടിച്ചു വിടുന്നു പറയാ ഹാ ചേർത്ത സംസ്കൃതമായി നമ്മളോ എന്തിനും മന്ത്രമുണ്ട് ഭഗവാൻ ഈ ഒരു അത്യുദാത്തമായ ജീവിത ദർശനം അങ്ങനെയാണ് അതാണ് നമ്മൾക്ക് ഏതൊരു ലോകമാണോ ദുരിതമാർന്നത് എന്ന് തോന്നിയിരുന്നത് അതിനൊക്കെ ഒരു നവം നവം ചേതന എന്ന് പറയാം ഇന്നലത്തെ സൂര്യനല്ല ഇന്ന് നോക്കുമ്പോൾ ഇന്ന് സൂര്യൻ ഒരു പുതിയ സൂര്യനാണ് ഓ ഇന്നലത്തെ അയൽക്കാരനല്ല ഇന്നത്തെ അയൽക്കാരൻ ഇന്നലത്തെ അമ്മയല്ല ഇന്നത്തെ അമ്മ എന്ന് പറയാം ഓരോ പ്രഭാതവും നമുക്ക് പുത്തൻ പുത്തനായിരിക്കും അതല്ല എന്ത് എന്നും ഇത് തന്നെ ഈ ഇഡലി അല്ലെങ്കിൽ ഉപ്പുമാവ് അല്ലേ ഒരാൾ ഓഫീസിൽ പറയൂ എത്ര ദിവസം ഇതിങ്ങനെ തുറന്നിട്ടെ എന്നും ഈ നശിച്ച ഉപ്പുമാവ് അപ്പം ആരോ ചോദിച്ചു അന്ന് മാറ്റി ഉണ്ടാക്കാം ഞാൻ തന്നെ ഇതുണ്ടാക്കുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ കഴിക്കുമ്പോ ഞാൻ തന്നെ എൻ്റെ തന്നെ കമൻറ്റാണ് എന്നും ഈ ഇത് തന്നെയാണ് നമ്മൾ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാം ഇതൊന്ന് ഒരു കാലത്തും രക്ഷപ്പെടുത്തുക അതുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ണാടി ഉണ്ട് ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഭഗവാൻ ഇതിൽ ഇതിൻ്റെ ഇത് അങ്ങേയറ്റം പ്രായോഗികമാണ് അപ്രായോഗികം അതായത് ഇത് നിങ്ങളങ്ങനെ എന്താ പറയുക അസാധ്യമാണ് എന്ന് കരുതുകയേ വേണ്ട അസാധ്യമായതിനെ സുസാധ്യമാക്കുന്ന കലയാണ് ഗീത അറിഞ്ഞോളൂ ഒരു സംശയവും വേണ്ട അയ്യോ സ്വാമി ഗീത പറയാനൊക്കെ എളുപ്പം ഇല്ല പറയാനാ ബുദ്ധിമുട്ട് പറയാനാണ് ശാസ്ത്രം പറയാനാ ബുദ്ധിമുട്ട് യതോ വാചോ നിവർത്തൻതേ അപ്രാപ്യ മനസാസഹ ഏനവാഗ്ന അഭ്യുദ്ധതേ വാക്കുകൾ അവിടെ പോവില്ല എന്ന് പറയാം പക്ഷേ ജീവിക്കാൻ എളുപ്പമാണ് അത്ര ഗീത എളുപ്പമാണ് പറയുന്നതിനേക്കാൾ എളുപ്പം ജീവിക്കുന്നതിനാണ് ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാര്യം സ്വാമി പറയട്ടെ ഇതിൽ നമുക്കുണ്ടാകാൻ പോകുന്നത് അതായത് നിങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് നിങ്ങളീ പറയുന്നത് പോലെ ജീവിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവില്ല ഇതറിയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക സന്തോഷവും വലിയൊരു സമാധാനം കിട്ടും ഓ ഞാനപ്പം തെറ്റല്ല അല്ലേ ഇതുവരെ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സിരയ്ക്കകത്ത് ഇതുണ്ട് ഇതൊന്നൊന്ന് ഓ ഇതിനൊരു സമ്മതം കിട്ടിയാൽ മതി അപ്പോൾ ഭൂമി പത്ത് സെൻറ്റ് ഭൂമി മേടിച്ചു നമ്മുടേതാണെന്ന് പറയുമ്പം അത് ആധാരം നമ്മുടേത് ആക്കി എഴുതി മേടിച്ച് പത്രം അല്ല മാറയിൽ വയ്ക്കുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ അതുപോലെ നമുക്ക് മനസ്സിലാവും എന്നിൽ നിന്ന് എന്തൊക്കെ മാറ്റേണ്ടതുണ്ട് ഇപ്പോൾ ഉള്ളതിനെയൊക്കെ ഭദ്രമായിട്ടാണ് അതിനൊക്കെ ഒരു സമ്മതി പത്രം വലിയ ആശ്വാസം നൽകുന്നതാണ് അതാണ് നിങ്ങളെയൊക്കെ ആകർഷിച്ച് ഇവിടെ ഇരുത്തിയതും അല്ലാതെ നിങ്ങളൊന്നും മോശക്കാരാണ് ഇനി ഇത് പഠിച്ച് നന്നാവണം അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട നിങ്ങൾ ഈ സത്യം അറിഞ്ഞവരായിരിക്കാം വേറൊരു പ്രകാരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇത് തന്നെയാണോ ഞാൻ അറിഞ്ഞതെന്ന് അതുകൊണ്ട് ഈ ഒരു ക്രമത്തിലുള്ള ഈ ഒരു പദ്ധതി ഇത് നമ്മളിവിടെ സ്വായത്തമാക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ഈ അദൃശ്യമായ കരം അത് നമുക്ക് മനസ്സിലാവും ആ ഭഗവാൻ എന്ന ആ എന്താ പറയുക ആ ചേതന ഏത് പ്രകാരത്തിലാണ് എൻ്റെ കർമ്മത്തിലത് സ്വാധീനിച്ചത് എന്നൊക്കെ അതിനെക്കുറിച്ചാണ് ഇനി വിസ്തരിക്കാൻ പോകുന്നത് ഭഗവാൻ അർജുനനോട് പറയുന്നു അല്ലെങ്കിൽ നമ്മെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മോട് പറയുന്നു ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെക്കുറിച്ച് നാം ദുഃഖിക്കുന്നു മാത്രമല്ല പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു അല്ലയോ അർജുന പാണ്ഡിത്യവും ദുഃഖവും ഒരുവനിൽ ഒരേ സമയം നിലകൊള്ളുന്നതല്ല അതുകൊണ്ട് ഉള്ളതിനെക്കുറിച്ചോ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചോ ഇന്നലെ ഇല്ലാത്തവരെക്കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ാണ് എന്നും ഉള്ളത് എന്താണ് നിൻ്റെ സ്വരൂപം ത്വം നീ ആരാണ് ആ തത്വമസി മഹാവാക്യത്തിലെ ത്വം പദ അർത്ഥ നിരൂപണമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആറ് അധ്യായങ്ങളിൽ അതായത് ആറ് വരെ ഉള്ള അധ്യായങ്ങളിലെ വിഷയം തന്നെ അതാണെന്ന് പറയാം തത്വമസി മഹാവാക്യമാകുന്നു ഭഗവത്ഗീത എന്ന് പറയാറ് ഇപ്പൊ ത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അശോച്യാൻ അന്വശോച ത്വം ത്വം അതിനെ അന്വയിപ്പിക്കുമ്പം ത്വം ആണ് ആദ്യം വരിക ത്വം അശോച്യാൻ അന്വശോച അപ്പൊ ആരാണീ ദുഃഖത്തിന് അവകാശമില്ലാത്തവരാണ് നാം അപ്പൊ നമ്മുടെ സ്വരൂപം ശാസ്ത്രം ആചാര്യന്മാർ പറയുന്നത് ആചാര്യന്മാർ പറയണു ആനന്ദമാണ് എന്ന് ആനന്ദമാണ് നമ്മുടെ സ്വരൂപം അത് അല്പമാത്രമായി നിദ്രയിൽ നാം അത് അനുഭവിക്കുന്നുണ്ട് ആനന്ദ അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ നിദ്രയാണ് അല്ലേ ഒന്നും അറിയാതെ ഇരിക്കലാണ് നമുക്കിഷ്ടം ഒന്നും അറിയണ്ട നിദ്രയിൽ എന്തെങ്കിലും അറിയണം പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അറിയണം ഇങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പം ആനന്ദസ്വരൂപമാണ് നമ്മുടെ സ്വരൂപം ആനന്ദമാണ് തുടർന്ന് ഭഗവാൻ ഉപദേശങ്ങൾ തുടങ്ങി ഇതിപ്പോൾ വേദാന്തത്തിൽ ഒരു കാര്യം പറയുന്നതിന് ഒരു ചർച്ചയിൽ വേണ്ട നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് ഒരു പ്രതിജ്ഞ പ്രതിജ്ഞ ഉണ്ടായിരിക്കണം രണ്ട് ഹേതു അല്ലെങ്കിൽ ഉദാഹരണം മൂന്ന് ഹേതു നിഗമനം വേദാന്തശാസ്ത്രത്തിൽ ഈ രീതിയിൽ സത്യം അവതരിപ്പിക്കാറുണ്ട് സത്യത്തെ അപ്പൊ പ്രതിജ്ഞ ഇവിടെ ഭഗവാൻ കൊടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റാണ് നാം ഒക്കെ ആനന്ദ സ്വരൂപികളാണ് എന്നുള്ളതാണ് അപ്പം ഇത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി വേദാന്തശാസ്ത്രത്തിൽ അവർ പറയും പ്രതിജ്ഞ എന്നുള്ളതിനെ പർവ്വതോ വന്യമാൻ പർവതം അഗ്നിയോട് കൂടിയതാണ് പർവ്വതത്തിൽ അഗ്നിയുണ്ട് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പൊ ഇതിലാണ് അവർ തർക്കം തുടങ്ങി എങ്ങനെ പർവ്വതത്തിൽ അഗ്നിയുണ്ട് അതിനെന്താണ് നിങ്ങൾക്ക് കാണിക്കാനുള്ള നിഗമനം അല്ലെങ്കിൽ ഹേതു എന്താ നിഗമനല്ല സോറി ഹേതു ഹേതു ഉണ്ടായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹേതു അപ്പൊ ഹേതു എന്താണ് തത്ര ധൂമഹ അസ്ഥി അവിടെ പുകയുണ്ട് എന്നുള്ളതിനാൽ അതൊരു ഹേതുവാണ് പുക ഇനി വേണം ഉദാഹരണം അവിടെയുള്ള ആ ഹേതുവിനെ വേറൊരു പ്രകാരത്തിൽ ഉദാഹരിച്ച് കാണിക്കണം അപ്പൊ അടുത്തതായിട്ട് ഉദാഹരണം വേണം ഏത് ചർച്ചയും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബഹളമൊന്നും ഉണ്ടാവില്ല ഒരു പ്രോജക്റ്റ് ഒരു എന്താ പറയുക ഒരു പ്രോജക്റ്റ് മിനിസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ നാല് കാര്യമുണ്ടെങ്കിൽ ബഹളം ഉണ്ടാവില്ല ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കുക ഹേതു ഉണ്ടായിരിക്കുക ഉദാഹരണം പിന്നെ എത്തിച്ചേരലാണ് നിഗമനം അപ്പൊ അവിടെ പർവ്വതോ ഭന്യുമാൻ എന്നത് പ്രതിജ്ഞ തത്ര ധൂമഹ അസ്ഥി എന്നത് ഹേതു അവിടെ പുകയുണ്ട് ഇനി ഉദാഹരണം പറയണോ യഥാ മഹാനസഹ യഥാ മഹാനസഹ എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരത്തിലാണോ അടുക്കളയിൽ മഹാനസ എന്ന് പറഞ്ഞാൽ അടുക്കള അപ്പൊ അടുക്കളയിൽ പുകയുണ്ട് എന്തുള്ളത് കൊണ്ട് അഗ്നിയുള്ളതുകൊണ്ട് ഇനി നിഗമനമാണ് എത്തിച്ചേരല എത്ര എത്ര ധ തത്ര തത്ര വന്യഹി ഇതാണ് നിഗമനം എവിടെ എവിടെ പോക അവിടെ അവിടെ അഗ്നി അപ്പൊ ഇതിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ ഒരു വിഷയം സംഗ്രഹിച്ച് അവതരിപ്പിക്കൂ എന്ന് ചോദിച്ചാൽ ഇല്ല അത് പുകയാവണം പുക എന്നുള്ളതിന് ഇത്ര ഉറപ്പ് അഗ്നിയിൽ നിന്നുണ്ടാകുന്നതാണ് അത് മഞ്ഞായിക്കൂടെ എന്നൊക്കെയാണെങ്കിൽ അപ്പൊ അതിന് എതിർപക്ഷമുണ്ട് എങ്ങനെയാണ് മഞ്ഞ് മഞ്ഞ് വീഴ്ച ഒരിക്കലും അടിയിൽ നിന്ന് മുകളിലേക്കല്ല മുകളിൽ നിന്ന് താഴേക്കാണ് എന്നിട്ട് അതിനവിടെ വേറെയും എന്ത് പറയും ഹേതു നിഗമനങ്ങളൊക്കെ നിരത്തും അങ്ങനെ അവസാനം എത്തിച്ചേരുന്നതാണിത് എത്ര എത്ര ധൂമഹ തത്രത്തത്ര വന്യ ഇതുപോലെ ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ പ്രതിജ്ഞ എടുക്കണം എന്താണ് നമ്മളൊന്നും ദുഃഖിക്കാൻ അവകാശം ഇല്ലാത്തവരാണ് നമ്മുടെ സ്വരൂപം തന്നെ സുഖമാണോ എന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ സുഖിക്കാനാണ് നമ്മൾ ഈ ഓരോന്നും ചെയ്യുന്നത് എല്ലാം അങ്ങനെ ചെയ്ത് ഓരോന്നിൻ്റെ പിറകെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ സ്വരൂപം തന്നെ അതാണ് ഈ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പം നമ്മുടെ ഷെയ്പ്പ് കണ്ടിട്ടുണ്ടോ നല്ല ഉറക്കത്തില് അങ്ങനെ വളരെ നിവർന്ന് നീണ്ടു നിവർന്ന് സ്റ്റഡി ആയിട്ടൊന്നും ആയിരിക്കില്ല എത്രത്തോളം ഒരു അണ്ടിപ്പരിപ്പ് പോലെ ആകാമോ അത്രത്തോളം അത് അങ്ങനെയാകും അല്ലേ എന്നിട്ട് വളയാൻ കഴിയുന്നത്ര വളയും രണ്ട് കൈയും അങ്ങനെ എന്താ കൊണ്ടുപോയി വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് ചുരുളൻ പുഴുവിനെ പോലെയാണ് എന്താണത്ര നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് മാതൃഗർഭത്തിൽ ഏത് അതുപോലെ അങ്ങോട്ട് പോകാൻ അവിടുന്നും പരമകാരണത്തിലേക്ക് പോവാനുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു പ്രയത്നമാണത് അതുകൊണ്ടാണ് ഈ കയ്യും കാലും ഒക്കെ ചുരുളുന്നത് ആ പരമകാരണത്തിൽ എത്തിച്ചേരണം എവിടെ നിന്നാണ് ഞാൻ ഉണ്ടായത് ഭഗവാൻ ചർച്ച ചെയ്യാൻ പോവാണ് ഈ വിഷയം പറയണു നത്വേവാഹം ജാതുനാസം നത്വം നേമേ നചൈവ ന ഭവിഷ്യമ സർവേവയമത പരം അഹം തു ജാതു ന ആസം ന ഞാനാകട്ടെ ഒരിക്കലും ഉണ്ടാകാതിരുന്നിട്ടില്ല എന്നാൽ ഞാൻ എന്നും ഉള്ളവനാണ് ഇതാണ് ഭഗവാൻ ആദ്യം പറയുന്നത് ത്വംച്ച നീയും ന ആസിഹി ന നീയും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല ഇമേ ജനാധിപാഹ നസൻ ന ഈ രാജാക്കന്മാരും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല യം സർവേ എന്ന ഭവിഷ്യാമ നമ്മൾ എല്ലാവരും തന്നെ ഇനി മേലിലും ഉണ്ടാകുകയും ചെയ്യും ഇല്ലാതിരിക്കുകയും ഇല്ല എന്ന ചേവ ഇല്ലാതിരിക്കുകയും ഇല്ല ഇതാണ് പ്രപഞ്ചത്തിന്റെ സ്വരൂപം അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലാതെയാകുന്നില്ല ഒന്നും ഇല്ലാതെയാകുന്നില്ല ഇനി എന്താണ് ഇല്ലാതെയാകുന്നത് എന്താണ് ആവിർഭവിക്കുന്നത് എന്താണ് ജനനം എന്താണ് മരണം ഇവിടെ ഭഗവാൻ പറയുന്നു ദേഹിനോസ്മിൻ യഥാഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീര തത്ര നമുഹ്യതി ദേഹിന അസ്മിൻ ദേഹേ അസ്മിൻ ദേഹേ ദേഹിന നമ്മളോട് പറയണം അപ്പൊ ഭഗവാൻ പാരമാർത്ഥിക തലത്തിൽ നിന്നുകൊണ്ട് സത്യം രണ്ട് പ്രകാരത്തിലാണേ രണ്ടാം അധ്യായം ശരിക്കും മനസ്സിലാക്കി പോകണം സ്വാമിക്ക് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പിറയിലേക്ക് വരാൻ കാരണം ഇത് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ തലത്തിൽ നിന്ന് പറയുന്നതായിരിക്കും സത്യത്തിന് സത്യത്തെ അവതരിപ്പിക്കുന്നത് രണ്ട് പ്രകാരത്തിലാണ് ഒന്ന് സത്യത്തിൻ്റെ വ്യാവഹാരിക തലം രണ്ട് പാരമാർത്തിക തലം എങ്ങനെയാണോ നാം മഹാഭാരതത്തിന് ഒരു സൂക്ഷ്മരൂപവും സ്ഥൂല രൂപവും കൽപ്പിച്ചത് ഇതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ ലളിതമാണ് വലിയ സങ്കീർണമായിട്ടുള്ളതൊന്നുമല്ല പാരമാർത്തിക തലത്തില് വ്യാവഹാരിക തലത്തില് ഇവൻ ഇവിടെ ഭഗവാൻ വ്യാവഹാരിക തലത്തിലേക്ക് വരുന്നു ആദ്യം എന്ത് പറഞ്ഞു പാരമാർത്ഥിക തലത്തിൽ പറഞ്ഞു അത് പാരമാർത്ഥിക തലത്തിൽ പറയുമ്പം നമ്മളൊരു ഉദാഹരണം ഉദാഹരിക്കുകയാണെങ്കിൽ സൂര്യോദയം സൂര്യാസ്തമയം ഇല്ലാത്തതാണ് എവിടെ പാരമാർത്ഥിക തലത്തിൽ ആത്യന്തികമായി സൂര്യന് ഉദയവുമില്ല അസ്തമയവുമില്ല അതിന് നാം എന്ത് വേണം സൂര്യനിലേക്ക് ചൊല്ലണം സൂര്യൻ്റെ തലത്തിൽ നിന്ന് വേണം സൂര്യന് ഉദയവുമില്ല അസ്തമയവുമില്ല എന്നറിയാൻ ഇതൊരു പാരമാർത്ഥിക സത്യമാണ് എന്നാൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തുണ്ട് സൂര്യോദയവും സൂര്യാസ്തമയവും ഉള്ളത് തന്നെയാണ് അപ്പൊ സൂര്യോദയവും സൂര്യാസ്തമയവും ആ സൂര്യോദയത്തിൽ നമ്മൾ കഥ എഴുതി കവിത എഴുതി ചിത്രം വരച്ചു അതൊക്കെ സത്യമാണോ സത്യമാണ് പാരമാർത്ഥിക തലത്തിലോ നിങ്ങളുമില്ല ചിത്രവും സൂര്യനും ഇല്ല ഒന്നുമില്ല ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല നമുക്ക് പറ്റുന്ന അവധം ഇതാണ് നമ്മൾ നിസാര കാര്യങ്ങൾക്ക് പാരമാർത്ഥികമായിട്ടുള്ള സത്യത്തെ ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് അതെങ്ങനെയാണ് ശരിയാവുക അങ്ങനെ ശരിയാവില്ല അതുകൊണ്ട് ഭഗവാൻ ഇതാ വ്യവഹാര വ്യാവഹാരികമായിട്ടുള്ള ആ സത്യത്തെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ കൗമാരം യൗവനം ജരാ യഥാ ഭവതി ഏത് പ്രകാരത്തിലാണോ നമുക്ക് ഒരു ബാല്യാവസ്ഥ കുമാരാവസ്ഥ യൗവനാവസ്ഥ ഇത്യാദികളൊക്കെ ഉള്ളത് അതുപോലെ തഥാദേഹിന ദേഹാന്തര പ്രാപ്തി അനന്തരം ദേഹത്തിനൊരു പരിണാമം മാറ്റം ഉണ്ടാവും അപ്പൊ ഇവിടെ ഭഗവാൻ മരണത്തെ ജനനത്തെയും നിർവചിച്ചു കഴിഞ്ഞു ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനമെന്നും പഴയ രൂപം കൈവടിയുന്നത് മരണമെന്നും ഇത്രയുള്ളൂ മരണം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 അനന്തരം ദേഹത്തിനൊരു പരിണാമം മാറ്റം ഉണ്ടാവും അപ്പൊ ഇവിടെ ഭഗവാൻ മരണത്തെ ജനനത്തെയും കഴിഞ്ഞു ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനമെന്നും പഴയ രൂപം കൈവടിയുന്നത് മരണമെന്നും അത്രയേ ഉള്ളൂ മരണം അപ്പൊ എന്നിൽ തന്നെ എത്രയോ ജനനം ഉണ്ടായിക്കഴിഞ്ഞു എന്റെ ബാല്യം മരിച്ചിട്ടാണല്ലോ എന്നിലെ യുവാവ് ജനിച്ചത് എന്നിലെ യുവാവ് മരിച്ചിട്ടാണല്ലോ എന്നിലെ വൃദ്ധൻ ജനിച്ചത് ആ എന്നിലെ വൃദ്ധൻ മരിച്ചു കഴിഞ്ഞാൽ ആ വൃദ്ധന് മറ്റൊരു പരിണാമമുണ്ട് എന്ന് പറയാം അപ്പൊ പല പരിണാമങ്ങളും നഗ്ന നേത്രങ്ങൾക്ക് കാണുന്നതും കാണാൻ പറ്റാത്തതും ഒക്കെയുണ്ട് പലതും ഉണ്ട് ഇനി അങ്ങനെ നോക്കിയാൽ വ്യവഹാരത്തിൽ നോക്കിയാലും ദുഃഖത്തിന് സ്ഥാനമില്ല അതുകൊണ്ട് ധീരഹ തത്ര ന മുഹ്യതി ബുദ്ധിമാൻ ജ്ഞാനി ന മുഹ്യതി എന്ന് പറയാം അപ്പൊ വ്യവഹാരത്തിലും ഭഗവാനിവിടെ കേവലം ശരീരമല്ല നാം എന്താണ് ആന്തരികമായ അവബോധമാണെന്നും എല്ലാറ്റിൻ്റെയും സാക്ഷിയാണെന്നും പറയുന്നു കാരണം ഈ മാറ്റങ്ങൾക്കൊക്കെ സാക്ഷിയായിരുന്നു ഞാൻ എന്നിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് അസ്ഥി ജായതെ വർദ്ധത വിപരീണമതെ അപക്ഷീയതെ വിനശ്യതി ഇതി ഷഡ് വികാരവതേത സ്ഥൂല ശരീരം ആറ് പരിണാമങ്ങൾക്ക് വിധേയമാണ് ശരീരം ഉണ്ട് വളർന്ന് വലുതായി പരിണമിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാവുന്നത് ശരീരത്തിന് ശരീരത്തിനാണ് ഈ മാറ്റം എന്ന് പറയാം തുടർന്ന് ഭഗവാൻ പറഞ്ഞു മാത്രാഹ സ്പർശാഹ തു കൗന്ദേയ ശീതോഷ്ണ ആഗമ പായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത അല്ലയോ അർജുന കൗന്ദേയ മാത്രാഹ സ്പർശാഹതു മാത്രാഹ സ്പർശാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും മാത്രം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത് ആ ശബ്ദം തന്നെ ഗംഭീരമാണ് അളന്നെടുക്കാൻ അളന്നെടുക്കുന്നതാണത്രേ ഇന്ദ്രിയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പം നേത്രം അളന്നിട്ടാണ് കാഴ്ചയെടുക്കുന്നത് അതിനൊരളവുണ്ട് കേൾവിക്കൊരളവുണ്ട് രസത്തിനൊരളവുണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തി തിഷ്ടപ്പെടുത്താവുന്നത് മാത്ര എന്ന് പറഞ്ഞാൽ അളന്നെടുക്കാവുന്നത് എന്നാണ് അത് അപരിമേയമല്ല മാത്രാഹ സ്പർശാഹ ഇന്ദ്രിയ വിഷയങ്ങൾ ഇങ്ങനെ എന്താണ് എന്തൊക്കെയാണത് ശീതോഷ്ണ സുഖ ദുഃഖദാഹ ശീതം ഉഷ്ണം സുഖം ദുഃഖം ലാഭം നഷ്ടം മാനം അപമാനം സന്തോഷം സന്താപം ഇത്യാദി ദ്വന്ദ്വങ്ങള് ഇതിന് വേദാന്തത്തില് ദ്വന്ദ്വങ്ങൾ എന്ന് പറയും രണ്ടുകൾ വിപരീത സ്വഭാവത്തോടുകൂടിയിട്ടുള്ള ഇതെല്ലാം തന്നെ എന്താണ് ഹേ ഭാരത അല്ലയോ അർജുന ആഗമ പായിന അനിത്യാഹ ഇത് വരുന്നതും പോകുന്നതുമാണ് എല്ലാം കടന്നു സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ല എല്ലാം അവിടെ ഇവിടെ നമ്മൾ കൈക്കൊള്ളേണ്ടുന്നത് ഭഗവാൻ പറയുന്നത് നല്ലൊരാതിഥേയനായിട്ടിരിക്കുകയാണ് ആതിഥേയന്റെ ചുമതല എന്താണ് അതിഥികളെ സൽക്കരിക്കുക ഇതൊക്കെ അതിഥികളാണ് വരുന്ന് വന്നു പോകുന്ന ആളുകൾ നമ്മളൊരു കണ്ണാടിയെ പോലെ നിലകൊള്ളുക എന്ന് പറയാം കണ്ണാടിയിൽ വിശ്വസുന്ദരി വന്നാലും വിശ്വവിരൂപി വന്നാലും കണ്ണാടി വിശ്വസുന്ദരിയെ സൂക്ഷിച്ച് വിശ്വവിരൂപിയെ റിജക്ട് ചെയ്യൊന്നുമില്ല അത് വിശ്വസുന്ദരി വന്നു പോയി കഴിഞ്ഞാൽ അത് പോയി കൂട്ടത്തിൽ പോയി വിശ്വവിരൂപൻ വന്നു കഴിഞ്ഞാലും അതിനെയും കാണിച്ചു കഴിഞ്ഞു ഒന്നും ശേഖരിക്കുന്നില്ല കാരണം എല്ലാറ്റിനെയും പ്രദർശിപ്പിക്കും ഇങ്ങനെ നീ ഒരു സാക്ഷിയായി നിലകൊള്ളൂ അതുകൊണ്ട് എന്താണ് തിദിക്ഷസ്വ തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ ഈ എല്ലാ ദ്വന്ദ്ങ്ങളെയും അതിക്രമിച്ചുകൊണ്ട് തുടർന്നു ഭഗവാൻ പറഞ്ഞു പുരുഷം പുരുഷർഷഭ സുഖ ദുഃഖ സമം ധീരം സഹ അമൃതത്വായ കൽപതെ ഏതൊരുവനാണ് അമൃതത്വത്തിന് പാത്രീഭൂതനാകുന്നത് യോഗ്യനാവുന്നത് സമർത്ഥനാവുന്നത് എന്നൊക്കെ ഭഗവാൻ ഇവിടെ പറയാ ഹേ പുരുഷർഷ അല്ലയോ പുരുഷ ശ്രേഷ്ഠ അർജുന ഏതേ ഈ ഇന്ദ്രിയ വിഷയ സംബന്ധങ്ങളായിട്ടുള്ള ഈ വിഷയങ്ങളില് സുഖദുഃഖ സമം സുഖത്തെയും ദുഃഖത്തെയും സമീകരിച്ചിട്ടുള്ള ധീരം ആ ധീരനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള എം പുരുഷം ഏതൊരു പുരുഷനെ നവ്യതയന്തി ക്ലേശിപ്പിക്കുന്നില്ല വ്യസനിപ്പിക്കുന്നില്ല ദുഃഖിക്കുന്നില്ല ഏതൊരുവനാണോ ഇന്ദ്രി ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വിഷയങ്ങളുടെയും അനുഭവങ്ങളില് സുഖദുഃഖത്തിൽ വർത്തിക്കുന്നത് അവൻ അമൃതത്വത്തിന് യോഗ്യനല്ല പിന്നെയോ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അത് അതിൻ്റെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു എന്നറിഞ്ഞ് അതിനെ സമ സമദർശനം സമ എന്ന് ദർശനം എന്നാണ് ഈ സമം സമം വാക്ക് നമുക്ക് പിടികിട്ടിയാൽ രക്ഷപ്പെട്ടു നമ്മൾ ഈ സമം എന്ന് പറയുമ്പോഴല്ലോ ഈ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വീട്ടിൽ നടന്നു പലപ്പോഴും അതുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഈ തെറ്റിദ്ധാരണയൊക്കെ ഒന്ന് മാറ്റണം ഇപ്പം മകളുടെ കല്യാണം നല്ലൊരു മകളുടെ കല്യാണം നടക്ക ആ നല്ല സമയത്ത് അത് താലികെട്ട് നടക്കുന്ന സമയത്ത് അമ്മയുടെ വക ഭയങ്കര കരച്ചില്ല എന്താണ് ആ ചിത് കാണാനെൻ്റെ ആ കുട്ടിയുടെ അച്ഛനില്ലയുടെ എന്ന് പറഞ്ഞു അച്ഛനില്ല എന്നൊരു സത്യമാണെന്ന് നിങ്ങളെന്തിന് ബാക്കിയുള്ളവരെയും കൂടെ വിഷമിപ്പിക്കണം ആ സമയത്ത് അവരാ ആ സമയത്താണ് ഇത് കയറി വരിക എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു സമയമുണ്ട് അതൊക്കെ അവിടെ അടക്കി വെച്ചയക്കുന്നു ഇവിടെ ഈ മംഗളകരമായിട്ടുള്ള സമയത്ത് ആ മംഗളത്തെ ആ ധന്യമായ മുഹൂർത്തത്തിൽ സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട സമയത്ത് സന്തോഷമായിട്ടിരിക്കണം ഇത് പ്രമോഷനായി വരുമ്പോഴും ആകെങ്ങനെ ആടിക്കഴഞ്ഞുകൊണ്ട് അവർ എന്ത് ഇതൊന്നും കാണാൻ അച്ഛനില്ല ഏതോ ഒരു സിനിമയിൽ സ്വാമി പണ്ട് കണ്ടിട്ടുണ്ട് പ്രേമനസീർ ഇങ്ങനെ വരുന്നിട്ട് വന്നിട്ട് മരിച്ചു കിടക്കുന്ന അമ്മയോട് പറയുക അമ്മേ കണ്ണു തുറക്കൂ അമ്മയുടെ മകൻ പത്താം ക്ലാസ് പാസ്സായി വന്നിരിക്കുന്നു കണ്ണു തുറക്കും എന്തോ നമുക്ക് സിനിമയിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം ഒരു ഒരു ഒരു അനുഭവം ആ അനുഭവത്തിലേക്ക് കയറി വരുന്ന ആ അനുഭവത്തെ വിലയിരുത്തുന്നതിന് പകരം ഭൂതകാലത്തിലെ ഏതോ അനുഭവവുമായി തട്ടിച്ച് വർത്തമാനകാലത്ത് ദുരിതമനുഭവിക്കുന്നത് നമുക്കേറെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അത്തരം ദുരിതത്തിലേക്ക് വീഴ്ത്താൻ നാം മറ്റുള്ളവരെ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സമം എന്ന് പറയുമ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം സന്തോഷം വരുമ്പം ദുഃഖിക്കലല്ല അതിനെ അറിയുക അതുകൊണ്ട് സ്വാമി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയാലും നിങ്ങൾ പറയുക സ്വാമി അപ്പൊ അങ്ങനെയല്ലേ സുഖം വരുമ്പോൾ കാരണം ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ ആ കട്ട ഉപ്പുണ്ടല്ലോ ഉപ്പുകല്ല അങ്ങനെ ഇരിക്കുക അത് വിളകുന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ സമത്വദർശ ആ സമത്വത്തോടുകൂടിയുള്ള ഉൾക്കൊള്ളലെ ഉൾക്കൊള്ളലിനെയാണ് ഭഗവാൻ ഇവിടെ ധീരം എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു കഴിവുകെട്ടവൻ്റെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതല്ല സത്യത്തെ പൂർണ്ണമായി ആവാഹിക്കുന്ന ഒരു ഒരു ശൈലിയാണ് ഒരു വിശേഷ സ്വഭാവമാണത് അത് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന കരുത്താണ് സഹജമായി നേടിയിട്ടുണ്ടെങ്കിൽ നല്ലത് അതിന് ശാസ്ത്രാനുഗ്രഹമെന്നോ ഗുരുവാനുഗ്രഹമെന്നൊക്കെ പറയാം തുടർന്ന് ഭഗവാൻ എന്താ പറയുക ഈ അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ തന്നെ ആദ്യ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ വരുന്ന ശ്ലോകമെന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ലോകത്തിലെ എവിടെയൊക്കെ സത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അത് ലോകത്തിൻ്റെ ഏത് കോണിലാവട്ടെ ശാസ്ത്രവിശാരദന്മാരൊക്കെ അത് ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞനും ഈ ആധ്യാത്മിക ശാസ്ത്രരംഗത്ത് വർദ്ധിച്ചിട്ടുള്ളവരും ഒരുപോലെ കൊണ്ട് നടക്കുന്ന നമുക്ക് നോക്കാം വിദ്യത്തെ ഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോന്തനയോ തത്വദർശിഭ ോ വിദ്യതേ ഭാവോ വിദ്യതേ സദഹ ഉഭയോ അപ്പി ദൃഷ്ട അന്ത സ്വനയോ തത്വദർശിഭി വലിയ ഒരു സത്യം ശാസ്ത്ര സത്യം ഭഗവാനിവിടെ അവതരിപ്പിക്കുന്നു എന്ന് പറയുക അസദ അസതഹ എന്ന് പറഞ്ഞാൽ ഇല്ല ഇമ്മയ്ക്ക് ഇത് ഗംഭീരായിട്ടുള്ള സംഭവമാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ഇവിടെ ശ്രദ്ധിക്കും സ്വാമിയെ അസദ അസതഹ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്ക് ഭാവതേ ഉണ്മ സംഭാവ്യമല്ല ഇല്ലാത്ത ഒന്ന് ഉണ്ടായിരിക്കുക എന്നത് ഇല്ലാത്തതാണ് അസദ ഭാവ വിദ്യതെ ഇല്ലാത്തതിന് ഉണ്മ എന്നത് ഉണ്ടാകുന്നതല്ല മനസ്സിലായോ ഇല്ലാത്ത ഒന്നിന് ഉണ്ടായിരിക്കുക എന്നത് ഒരിക്കലും സംഭാവ്യമല്ല എന്ന് അസത പിന്നെയോ സദ ഉള്ളതിന് അഭാവ എന്ന വിദ്യത്തെ ഉള്ളതിന് ഇല്ലായ്മയും ഉണ്ടായിരിക്കുന്നതല്ല ഇല്ലാത്തതിന് ഉണ്മയോ ഉള്ളതിന് ഇല്ലായ്മയോ ഒരിക്കലും സംഭാവ്യമല്ല ന വിദ്യത്തെ അനയോഹോ ഉഭയോഹോ അതി ഈ രണ്ടിൻ്റെയും നിശ്ചയം അന്തഹാത്ത് ഈ രണ്ടിനെക്കുറിച്ചുള്ള നിശ്ചയം നിർണയം അന്തിമ വാക്ക് അവസാന വിധി കണ്ടിട്ടുള്ളവരാണ് തത്വദർശിബിഹി പറയണു തത്വദർശിബിഹി ദൃഷ്ടാഹ അവർ കണ്ടിരിക്കണോ എന്ത് കണ്ടിരിക്കണു ദൃഷ്ട അന്തഹ അവരിതിന്റെ അറ്റം കണ്ടവരാണ് അപ്പൊ ഭാരതത്തില് തത്വദർശികൾ എന്ന് പറയുന്നവര് ഈ സത്യത്തെ അനുഭവപ്പെടുത്തിയവർ ദർശനം എന്ന് പറഞ്ഞാൽ നഗ്ന നേത്രങ്ങളെ കൊണ്ടല്ല പറഞ്ഞുവല്ലോ സ്വാമി ഇന്നലെ അദൃശ്യമായ ആ ഒരു കരങ്ങൾ അദൃശ്യമായ ആരോ ചോദിക്കേണ്ടായിരുന്നു സ്വാമി ഈ അദൃശ്യമായ കരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതായത് അദൃശ്യമായ ഒരു ശക്തി വിശേഷമാണ് നമ്മളെ ഇങ്ങനെ പലതും കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ മാറ്റിമറിക്കുന്നത് എന്ന് പറഞ്ഞു ഇന്നലെ അതിൽ ഒരു എന്താ ചെറുപ്പക്കാരനുണ്ടായിട്ടുള്ള ഒരു സംശയം ഉം അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളോ എന്ന് വളരെ നല്ല ചോദ്യമാണ് അതായത് ശാസ്ത്രകാരന്മാര് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഈ അദൃശ്യമായ കരങ്ങളിലൂടെയാണോ വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സംശയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തലുകളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ശാസ്ത്രകാരനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സത്യം വളരെ എളുപ്പം മനസ്സിലാവും ഏത് ശാസ്ത്രകാരന്റെ ഇതെടുത്തു കഴിഞ്ഞാലും അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ട് എന്താ മാഡം ക്യൂറിയുടെ കഥ അതായത് അവരുടെ അനുഭവം കേട്ടിട്ടുണ്ടല്ലോ അവരൊരു സങ്കീർണമായ ഒരു അതെ റേഡിയം കണ്ടെത്തിയിട്ടുള്ള ഒരു സങ്കീർണമായ അവരുടെ കണ്ടെത്തലിൻ്റെ അതിൻ്റെ പൂർത്തീകരണം കിട്ടാതെ അവരാകെ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു മാഡം ക്യൂറി എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയെ നോബൽ സമ്മാന ജേതാക്കളാണ് എല്ലാവരും മകളും ഭർത്താവും എല്ലാം അപ്പൊ ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നത്തിൽ ഇരുന്നിട്ട് അവരങ്ങനെ എന്താ പറയുക അവരാകെക്കൂടെ അസ്വസ്ഥമായിട്ട് ഒരു രാത്രി രണ്ടു മണിവരെ ഇവർക്ക് ആ പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ അവരവസാനം അത് മതിയാക്കി അവർ കിടക്കുന്നതാണ് പിറ്റേ ദിവസം നിങ്ങൾക്കറിയുന്നതാണ് സ്വാമി പറയുന്നത് പിറ്റേ ദിവസം രാവിലെയായിട്ട് നോക്കുന്ന സമയത്തോ എവിടെയാണോ അവർ പകുതി ചെയ്തു വെച്ചത് അതിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് അവർ വേഗം വാതിലൊക്കെ തുറന്ന് നോക്കി വാതിലൊക്കെ നന്നായിട്ട് കുറ്റിയിട്ടിരിക്കണോ ആരും ഒരു കള്ളനോ വേറെ ആരെങ്കിലും വന്ന് അത് കാരണം അവർക്ക് കഴിയാത്ത പ്രശ്നം വേറൊരാൾ അത് ബാക്കി ചെയ്തു വെക്കുക എന്നുള്ളത് ഒരിക്കലും സംഭാവ്യമായിട്ടുള്ളതല്ല അവരതിനെക്കുറിച്ച് ഗാഠമായി ആലോചിച്ചാണ് വീണ്ടും അവർ അത് നോക്കി വളരെ നന്നായിട്ട് കയ്യക്ഷരെ നോക്കിയപ്പോൾ അവരുടേത് തന്നെ കയ്യക്ഷരമാണ് ഏതൊരു മാഡം ക്യൂറിയാണോ കിടന്നുറങ്ങാൻ പോയത് ഏതോ ഒരു സമയത്ത് അവർ എഴുന്നേറ്റൂ എന്ന ഏതോ ഒരു സമയത്ത് ആ എഴുന്നേറ്റ് ബാക്കി പൂരിപ്പിച്ചത് മാഡം ക്യൂറി അല്ല എന്ന് മാഡം ക്യൂറി പറയുന്നു ആർക്കമിഡീസിനെ നിങ്ങൾക്കറിയാലോ രാജാവ് കൊടുത്ത ആജ്ഞ ടബിലേക്ക് വീണ് ആർക്കമിഡീസ് ആ ടബിൽ വീണ് ആ എന്താ പറയുക വാസ്തവത്തിൽ അദ്ദേഹം കുളിക്കുകയായിരുന്നില്ല പ്രശ്നത്തിൻ്റെ സങ്കീർണതയിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു ഒരു വേള കാര്യം പിടികിട്ടിയപ്പം ആർക്കമിഡീസ് ഓടുകയായിരുന്നു നഗ്നനായിട്ട് രാജാവ് ഏതൊരാർക്കെഡീസിനോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരിക്കലും നഗ്നനായിട്ട് തെരുവിലോടാൻ പറ്റില്ല എന്ന് പറയാം ആ തെരുവിലോടിയത് വേറെ തോമസ് ആൽബ തൻ്റെ എല്ലാ പരീക്ഷണങ്ങളും അസ്തമിച്ച് അസ്തമിച്ച സമയത്ത് ഒരു വേള ഇവരൊക്കെ ഇവരുടെ അനുഭവം പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്താ ന്യൂട്ടൺ ആവട്ടെ ഐൻസ്റ്റീനാവട്ടെ നമ്മുടെ ഹോക്കിംഗ്സ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ പോലും അദൃശ്യമായ ഏതോ ഒരു ശക്തിവിശേഷത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അതുകൊണ്ട് അതിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല ശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാം എല്ലാവരും അതിൻ്റെ ആ ഒരു വലിയ പ്രതിഭ പറയുന്ന ആ പ്രതിഭയിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഇവൻ ഷേക്സ്പിയർ പോലും ഒരു വിദ്യാഭ്യാസവും ഷേക്സ്പിയർ നാട് വിട്ടിട്ട് നാടക കമ്പനിയിൽ കുതിരയ്ക്ക് നാടകത്തിൽ അഭിനയിക്കുന്ന ആളുടെ കുതിരയ്ക്ക് എന്താ ഭക്ഷണം കൊടുക്കാനും അതിനെ തുടപ്പിക്കാനും വേണ്ടി ഉള്ളൊരു ജോലിയാണ് ആദ്യം കിട്ടിയത് സാവകാശം കിട്ടിയ പ്രമോഷനാണ് എന്താണ് കർട്ടൻ്റെ തിരശീല ഉയർത്തലും താഴ്ത്തലും അവിടെ ഇരുന്ന് ഷേക്സ്പിയർ ഒരു നാടകത്തെ കാണുക അല്ലേ കാരണം ഷേക്സ്പിയറിൻ്റെ ലൈഫ് ഇതൊന്നും ഇവരുടെയൊന്നും ലൈഫ് നോക്കരുത് നമ്മൾ ആ ലൈഫിൽ ആ വ്യക്തി ഷേക്സ്പിയർ എന്നത് മാറുകയാണ് ഒരു നാടകം രചിക്കപ്പെടുന്ന സമയത്ത് ഇത്രയും കഥാപാത്രങ്ങളെ ഇത്രയും മനുഷ്യ മനസ്സിനെ ഹടാതെ ആകർഷിക്കാൻ പോകുന്ന സൃഷ്ടികളിൽ സൃഷ്ടികളെ കൊണ്ടുവരണമെങ്കിൽ അദൃശ്യമായ എന്തോ സംഭവിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം അല്ല അത് അദ്ദേഹം തന്നെ അതുകൊണ്ട് അതിലൊന്നും സംശയം വേണ്ട ഇന്ന് കണ്ടെത്തിയിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ പറയാറില്ലേ പലപ്പോഴും ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നി നിസ്സാര കാര്യങ്ങൾ പോലും ഒരു കറി വെച്ചതിന് പോലും നമ്മൾ പറയാറില്ലേ എന്തോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്ന് അതെ ഒരു വീട്ടമ്മയിൽ ആ അമ്മയുടെ സാമ്പാറിൽ പോലും ആ അദൃശ്യമായ കരങ്ങൾ അനുഗ്രഹ ബുദ്ധിയ വർത്തിക്കുന്നു അവിടെ നാം ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുക ആ കലയാണ് പഠിപ്പിക്കാൻ പോണ് ഭഗവാൻ അതായത് ഞാൻ എന്നതിനെ ആ പൂർണ്ണതയിലേക്ക് വിലയിക്കുക അർജുനന് ചെയ്യേണ്ടത് അതാണ് ഭഗവാൻ അത് പറയാൻ പോകുന്നുണ്ട് ആ പൂർണ്ണതയെ അംഗീകരിച്ചുകൊണ്ട് ആ പൂർണ്ണതയിൽ ഞാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വ്യക്തിത്വമില്ല പിന്നെ എനിക്ക് വേറിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ചെയ്യുന്നത് ആ പൂർണ്ണ ആ പ്രകൃതിയാണ് പിന്നെ ഞാൻ പ്രപഞ്ചമാണ് അതിലേക്കാണ് ഭഗവാൻ അർജുനനെ കൊണ്ടുവരുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്നു എന്താ പറയുന്നത് ന അസത ഉണ്മയ്ക്ക് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മ്മയോ എന്നൊന്ന് ഇല്ല തത്വദർശികൾ എന്ന് പറഞ്ഞാൽ ഈ തത്വത്തെ എന്താ പറയുക തത്വവും വ്യക്തിയും ഒന്നാവുന്ന അവസരത്തിൽ അവൻ അതായി തീരുകയാണ് അത് ഈ നേത്രങ്ങളല്ല അവിടെ വിഷയം ചക്ഷുഷക്ഷുഹു എന്ന് ഉപനിഷത്ത് പറയൂ കണ്ണിന്റെ കണ്ണ് ശ്രോത്ര ശ്രോത്രം മനസോ മനോയത് വാചോഹവാചം പ്രാണസ്യ പ്രാണ പ്രാണന്റെ പ്രാണൻ വാക്കിൻ്റെ വാക്ക് കണ്ണിൻ്റെ കണ്ണ് മൂക്കിൻ്റെ മൂക്ക് നാക്കിൻ്റെ നാക്ക് അങ്ങനെ പോകുന്നു അത് അപ്പം ഉള്ളതിന് ഇല്ലായ്മ ഇല്ലായ്മയ്ക്ക് ഉണ്മ ഇതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും എന്താ പറയുക നമ്മുടെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത് നാം ഇതുവരെ പഠിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് തികച്ചും കീഴ്മയിൽ മറിച്ചിടുന്ന സമ്പ്രദായമാണിത് അതുകൊണ്ടിത് ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമാണ് നാം പഠിച്ചു വന്ന ആ ഒരു എന്താ പറയുക ചരിത്രം അതിനെ ശീർഷാസനത്തിലാണ് ഇത് പോകുന്നത് ഇതല്ല ശീർഷാസനത്തിൽ പോണു ഇതാണ് ശരിയായ പോക്ക് മറ്റത് ശീർഷാസനമാണ് അതായത് ഉപനിഷത്തിൽ പറയണു സദേവ സൗമ്യ ഇതമഗ്രേ ആസീദ് കുട്ടി സത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ സദേവ സൗമ്യ ഇതമഗ്രേ ആസീദ് പക്ഷേ നാം പഠിച്ചത് കോളേജിലാകട്ടെ ഹൈസ്കൂളിലാകട്ടെ നാം പഠിച്ചത് നമ്മെ നമ്മെ സംബന്ധിക്കുന്ന ചരിത്രം നമ്മുടെ പൂർവികന്മാർ അവർ ഗുഹയിലായിരുന്നു വസിച്ചിരുന്നത് ആ ഗുഹയിൽ സംസ്കാര ശൂന്യരായിരുന്ന നമുക്ക് മനുഷ്യൻ ക്രമേണ ഗുഹയ്ക്ക് നിന്ന് പുറത്തു വന്നു അവൻ ഇലകളെ പിടിച്ചു അങ്ങനെ അവൻ ചാപ്പിടാൻ തുടങ്ങി അതിനായിട്ട് അവൻ ചില എന്താ പറയുക ആയുധങ്ങളെ നിർമ്മിച്ചു അങ്ങനെ ശിലാമനുഷ്യൻ ആവിർഭവിച്ചു ആ ശിലാമനുഷ്യൻ സാവകാശത്തിൽ ലോഹമനുഷ്യനായി അങ്ങനെ അവൻ ചക്രം കണ്ടുപിടിച്ചു അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി വികാസം വന്ന് വികാസം വന്ന് വികാസം വന്ന് ആ ബുദ്ധിയുടെ വികാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് നാം പഠിച്ചത് അതായത് നമ്മുടെ പൂർവികന്മാർ വിവേകാനന്ദ സ്വാമികൾ പറയും അതായത് നമ്മുടെ അപ്പൂപ്പൻ മരമണ്ടനായിരുന്നു എന്നും അപ്പൂപ്പന്റെ അപ്പൂപ്പൻ മരക്കഴുതയായിരുന്നുവെന്നും അതെ അങ്ങനെയാണ് അവർക്ക് ബുദ്ധി ഇല്ലാത്തവരാണ് ഇത് സ്വാഭാവികമായിട്ടും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടി ചിന്തിക്കുന്നത് എന്താ അപ്പം എത്രയായാലും മാഷെ മാഷേക്കാൾ ബുദ്ധി ഞങ്ങൾക്ക് കഴിഞ്ഞ കാരണം ആഷ ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഉപനിഷത്തിന്റെയും ഇവിടെയും പഠനം സദേവ സൗമ്യ ആ സത് ആ അറിവ് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിവിൽ നിന്നാണ് അറിവില്ലായ്മയിലേക്ക് വന്നത് ആ അല്ലാതെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കല്ല ഭാരതത്തിന്റെ പഠനം ഋഷിയുടെ പഠനം അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക് ഏതാണ് അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക് നാമരൂപാദികളിലേക്ക് നാമരൂപാദികൾ അറിവില്ലായ്മയുടെ ലക്ഷണമാണ് അപ്പൊ കുട്ടി സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം അത് ഏകം ഏവ അദ്വിതീയം ഇയാരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി ഏകം ഒന്ന് ഏവ മാത്രം അദ്വിതീയം രണ്ടില്ലാത്തത് നാമരൂപാദികൾ അറിവില്ലായ്മയുടെ ലക്ഷണമാണ് അപ്പൊ കുട്ടി സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാ അദ്വിതീയം അത് ഏകം ഏവ അദ്വിതീയം ഇവരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി ഏകം ഒന്ന് ഏവ മാത്രം അദ്വിതീയം രണ്ടില്ലാത്തത് ഇതാണ് ഉപനിഷത്തിൽ വേദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ മനുഷ്യൻ ക്രമത്തിൽ ബുദ്ധിയുള്ളവനായി എന്ന് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗകര്യത്തിന് ഓരോന്ന് പറഞ്ഞിരിക്കുന്നു വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു അവന് അഗ്നി കണ്ടപ്പോ തരക്കേടില്ല തോന്നി അവന് ഇരുട്ടകറ്റാൻ വേണ്ടി കണ്ടെത്തിയ ഒന്നാണ് അങ്ങനെ അവൻ പറഞ്ഞു തമസോമ ജ്യോതിർഘമയ നോക്കണം ഒരു നമ്മൾ കണ്ടെത്തിയ പിൽക്കാലത്ത് കണ്ടെത്തിയ നമ്മുടെ ഒരു ബുദ്ധിയുടെ സവിശേഷത അതുകൊണ്ടവൻ പറഞ്ഞത് എന്ത് തമസോമ ജ്യോതിർഘമയ അതുകൊണ്ട് അവന് പേടിയായി മിന്നൽ പിണരിനെ പേടിയായപ്പം അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്തപ്പം അവൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു ഒരിക്കലുമല്ല അപ്പം ആ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് ഏകം ഏവ അദ്വിതീയം അതിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അസത എന്തെങ്കിലും ഇല്ലാത്ത ഒന്നിന് ഭാവതേ ഒരിക്കലും സംഭവിക്കുന്നല്ല സംഭവിക്കുന്നതല്ല അതുപോലെ സദഹ അഭാവതേ ഉള്ളതിന് ഇല്ലായ്മയും സംഭവിക്കില്ല ഈ രണ്ടിൻ്റെയും ഉഭയോഹോ അനയോഹോ അന്തഹാത്തു ഇതിൻ്റെ മറുകര കണ്ടവരാണ് തത്വദർശിബിഹി ദൃഷ്ടാഹ അവരാൽ ഇത് ദർശിക്കപ്പെട്ടതാണ് അവരിതിനെ അറിഞ്ഞതാണ് ഈ സത്യത്തിൽ ഇപ്പം ഭഗവാൻ ഇത് പറയുന്ന സമയത്ത് തൻ്റെ പൂർവികന്മാരെ ഓർക്കുന്നു അവരിത് പറഞ്ഞതാണ് അവരിത് അറിഞ്ഞതാണ് എന്ന് പറയാം ഇതാണ് നമ്മുടെ എന്താ പറയുക പഠനരീതി വളരെ ഗംഭീരമാണ് അല്ലാതെ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടിയോട് ടീച്ചർ പറയുകയാണ് നിന്നെ വിയറ്റ്നാം എവിടെയാണെന്ന് പറയാതെ നിന്നെ ഇന്ന് ഇവിടുന്ന് ഈ നിന്ന് വിടില്ലാന്ന് പയ്യൻ കരയാൻ തുടങ്ങി അവൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല ടീച്ചറെ വിയറ്റ്നാം സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല കുട്ടിയിൽ വിയറ്റ്നാമിനെ കുറിച്ച് ബോധിപ്പിക്കുന്നതേ അങ്ങനെയാണ് അതൊരു വസ്തുവാണ് പദാർത്ഥമാണ് എന്ന രീതിയില വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറേ തമാശകളുണ്ടല്ലോ ഇത്തരത്തിൽ എന്തിനു ഓരോ മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞാൽ പത്രത്തിൽ വരുമല്ലോ പല പല തമാശകളും അല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇവിടെ അതൊന്നുമില്ല സ്വാമി ഈ വിദ്യാഭ്യാസത്തെ പുകഴ്ത്തി ഇപ്പോഴുള്ളതിനെ താഴ്ച അല്ല നമ്മൾ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ആ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സത്യമാണെന്നും അതിൽ നിന്ന് അന്യമായി വേറൊന്നും ഇല്ല കുട്ടി എന്നും വാചാരംഭണം വികാരോ നാമധേയം മൃത്തിക ഇതിയേവ സത്യം ഈ സത്യത്തെ പറഞ്ഞു കൊടുക്കാൻ ആ പിതാവിന് വേണ്ടി വന്നത് കുറച്ചു മൺപാത്രങ്ങളുടെ ദൃഷ്ടാന്തം വാചാരംഭണം വികാരോ നാമധേയം കുട്ടി വാചാരംഭണം കല കൊശവൻ ഒരു കലമുണ്ടാക്കുന്ന സമയത്ത് ആ കൊശവന്റെ സങ്കല്പത്തില് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കലമുണ്ട് അതിനെ ഋഷി വാചാരംഭണം എന്ന് പറഞ്ഞു നമ്മുടെ മോഡേൺ എന്താ പറയുക ആർക്കിടെക് എഞ്ചിനീയറിങ്ങില് സിവിൽ എഞ്ചിനീയറിങ്ങിൽ പോലും വിഷയമല്ലാത്ത വാചാരംഭണം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ സങ്കൽപ്പം നീ ഏതൊരു കുടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഒരു ബ്ലൂപ്രിൻറ്റ് വേറെ ഉണ്ട് എന്ന് പറയാം വാചാരംഭണം വികാരം മണ്ണിൻ്റെ പരിണാമം മാറ്റം രൂപമാറ്റം വികാരം നാമധേയം അതിനൊരു പേര് കുടം കലം കൂജ ചട്ടി ഇത്യാദി കുട്ടി ഇത് മൂന്നുമില്ലാത്തതാണ് മൃത്തിക ഇതിയേവ സത്യം അതിൽ മണ്ണു മാത്രമാണ് സത്യം ഇതാണ് സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞത് ഭഗവാൻ ഇവിടെ പറയുന്നു ഇല്ലാത്തതിന് ഉണ്മ എന്നതൊന്ന് സംഭാവ്യമല്ല അർജുന അതുകൊണ്ട് ആ ഒന്നു മാത്രമാണുള്ളത് അതാണ് നീ തത്വമസി അത് നീയാകുന്നു കുറച്ച് കൂടിയ ഡോസ അതുകൊണ്ട് അങ്ങനെയൊരു സംഭവം എന്താ ഇത് ധ്യാനിച്ചുറപ്പി എന്താ ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണെന്ന് പറയാം ഇപ്പം ബാക്കിയുള്ള ഇല്ലാത്തതെന്ന് പറയുന്നതോ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന എല്ലാം ആഗമാ പായന അനിത്യാഹ അതെല്ലാം വന്നും പോയും ഇരിക്കുന്ന നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കേണ്ട എന്ന് പറയാം അതാണ് ഞാൻ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് അതുകൊണ്ട് അർജുന നീ ഉള്ളവരെക്കുറിച്ചോ ഇല്ലാത്തവരെക്കുറിച്ചോ ദുഃഖിക്കേണ്ട മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ കഴിഞ്ഞു ഗതാസൂൻ അഗദാസൂൻ ഇപ്പോഴുള്ളവർ പോയിട്ടുള്ളത് ഇത് നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കണം എന്ന് പറയാം ഒരു കുന്നിൻ മുകളിലുള്ള ഒരു ബുദ്ധഭിക്ഷു ആ ഭിക്ഷുവിൻ്റെ വീട് കുന്നിൻ്റെ ആശ്രമം കുന്നിൻ്റെ മുകളിലാണ് അപ്പൊ അവിടെ ഒരു കള്ളൻ കള്ളൻ ചെയ്യുന്നു എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച ആശ്രമാണ് എന്നൊന്നും അറിഞ്ഞില്ല അവിടെ കയറി നോക്കിയപ്പോ അവിടെ ഒരു സ്വാമി ഈ ഒരു സെൻ മാസ്റ്ററാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ കള്ളൻ കയറി നോക്കി പരതിയപ്പോ ഒന്നുമില്ല അവിടെ ആകെയുള്ളത് ഗുരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുണ്ടും അപ്പൊ ഈവൻ ഈ കള്ളൻ ഇതിൻ്റെ നിന്ന് കയറി ഇതിൻ്റെ ഉള്ളിൽ പരതുന്നത് ഇദ്ദേഹം കണ്ടു അപ്പൊ ഇദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ കള്ളൻ ആള് ഉണർന്നുവല്ലോ എന്ന് കരുതി അവൻ ഓടുക ഓടുന്ന സമയത്ത് ഇദ്ദേഹം വിളിച്ചു വരാൻ പറഞ്ഞു എന്താ ഞാനൊരു കള്ളനാണ് സത്യം പറഞ്ഞു അപ്പൊ എന്താ പോവുക അതെ ഒന്നുമില്ല ഇവിടെ ഞാൻ ഇത്ര ഞാൻ എന്താ പറയാ ഞാൻ എന്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നു എന്ന് പറയാം ഈ കുന്നുകയറുമ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും കിട്ടുന്നു അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി ഈ ഗുരുവിന് അയ്യോ ഇവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഒന്നും അവസാനം അത് ഉടുത്ത മുണ്ട് ഊരിയിട്ട് കൊടുത്തു ഇതാ കൊണ്ടുപോയിക്കുക ആ പാത്രം എടുത്തു കൊടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ഏതായാലും കള്ളൻ ഇത്രയും കയറിയതല്ലേ കിട്ടിയതായി എന്ന് വിചാരിച്ചു അതും എടുത്ത് പോവാണ് നഗ്നനായി ഗുരു അങ്ങനെ ഇരിക്കുമ്പോൾ പൂർണ്ണ എന്ന് പറയാം ഗുരുവിന് വല്ലാത്ത വിഷമം ഓ ഇതെനിക്ക് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അതാണ് ആ എന്താ പറയുക കൊടുക്കലിൻ്റെ മാഹാത്മ്യം അവിനശി തദ്വിദം തവിനശി തദ്വിധി യു സർമിം തദം വിനാശമവ്യയസയാ കിത് കത്തർ ഭഗവാൻ വെല്ലുവിളി അവിടെ ഭഗവാൻ ഈ സത്യം അനാവരണം ചെയ്യപ്പെടുന്ന സമയത്ത് വളരെ എന്താ പറയുക അതിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ട് അതുണ്ടല്ലോ വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശമായിരുന്നു ആ ആവേശമാണ് അദ്ദേഹം എന്താ രാമേശ്വരം കടപ്പുറത്ത് കിടന്ന് ഉരുണ്ടത് എന്ന് പറയുക ഓരോ മണൽത്തരിയെയും കെട്ടിപ്പിടിക്കുകയായിരുന്നു നിന്നോടൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയുന്നു കാരണം ഈ ഭൂമിയിലാണല്ലോ ഞാൻ ജനിച്ചത് കാരണം വലിയൊരു സംഭവമായിരുന്നു അമേരിക്കയിൽ നടന്നത് അപ്പൊ അവിടെ താൻ ഇതിനെ അവതരിപ്പിച്ച സമയത്ത് അത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റിയ ആശയങ്ങളൊന്നുമില്ല എന്ന് അറിഞ്ഞ സമയത്ത് വിവേകാനന്ദ സ്വാമികൾക്കും കുറേ കാര്യങ്ങൾ അറിയണമായിരുന്നു പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും തന്നെ ആകർഷിക്കാൻ പോകുന്നത് ഒന്നുമില്ലായിരുന്നു അവിനാശി അവിനാശി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിനടുത്തുള്ളൊരു സ്ഥലമല്ല അവിനാശി അവിനാശി തു തദ്വിധി സർവമിതം തഥം യേന ഇനിയൊക്കെ നമ്മുടെ ശാസ്ത്രത്തില് ആചാര്യന്മാർ പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് അതിനേതെങ്കിലും പ്രകാരത്തിൽ ഇന്നതെന്ന് പറയില്ല അതുകൊണ്ട് ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യക്തത വരും യേന യാതൊന്നിനാൽ ഇതൊരു പ്രയോഗമാണ് യഹ യാതൊരുവൻ സഹ അത് തേ അവർ എന്നൊക്കെയാ പറയാം ഇതിന് ഈ സത്യത്തെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ പറയും യേന തത് സഹ എന്നൊക്കെയാണ് വേറെ ഏതെങ്കിലും പറഞ്ഞാലോ നമ്മൾ അതിൽ പോയി പെട്ടുപോകുമെന്ന് പറയാം യാതൊന്നിൽ യാതൊന്നിനാൽ യാതൊന്നിൽ ഇതം സർവം ഈ ദൃശ്യമായ പ്രപഞ്ചം മുഴുവൻ തദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ഏന ഇതം സർവം അത് അവിനാശി ഇത് വിധി അത് നാശമില്ലാത്തതാണ് എന്നറിഞ്ഞാൽ അതിന് നാശമില്ല എന്ന് പറയാം അതുകൊണ്ട് മാർക്സ് മാർക്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഈശ്വരനെക്കുറിച്ച് വളരെ രസമാണ് അദ്ദേഹം ഉപനിഷത്തൊക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പരീക്ഷണശാലയിൽ തെളിയിക്കാത്ത ഒരു ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കില്ല രണ്ടാം അധ്യായക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസമാണ് പരീക്ഷണശാലയിൽ വിശ്വസിക്കാത്ത ഒരു ഈശ്വരനിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇനി അത് പരീക്ഷണശാലയിൽ തെളിയിക്കപ്പെട്ടു എങ്കിൽ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യവും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റിക് ലാംഗ്വേജാണ് ഇതാണ് നമ്മുടെ ഋഷി ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു മഹാമനുഷ്യായിരുന്നു കാരണം മനുഷ്യന്റെ നന്മയെയാണ് കാക്ഷിച്ചത് എന്ന് പറയാം അവരൊക്കെ ഈ ഒരു ഇവിടേക്കൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഗതി മാറി മറിഞ്ഞേനെ അതെന്തുകൊണ്ടാ എന്നൊന്നും നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല ഏതായാലും ഏന ഇതം സർവം തത് തു അവിനാശി ഇതിവിധി യാതൊന്നിനാൽ ഈ പ്രപഞ്ചം ആവൃതമായിരിക്കുന്നുവോ യാതൊന്നിലാണിത് നിലനിൽക്കുന്നത് അതിന് നാശമില്ല അറിഞ്ഞാലും അവ്യയസ്യ അസ്യ അവ്യയസ്യ നവ്യയം നാശരഹിതമായ അതിന് വിനാശം കർത്തും അതിനെ നശിപ്പിക്കാൻ കഷ്ടി ന അർഹതി ഒരുവനും യോഗ്യനല്ല ഒരാറ്റം ബോംബിനും അതിനെയൊന്നും ചെയ്യാൻ പറ്റില്ല അർജുന നീ വെറും ദേഹമല്ല നീയും ഞാനും ഈ കാണുന്നതൊന്നും ദേഹമല്ല എന്ന് പറയാം ദേഹാതീതമായ ആ അവിനാശിയായിട്ടുള്ള സത്യമാണ് എന്നറിയും ഭഗവാൻ ഇവിടെ എന്താ പറയുക ഒരു വെല്ലുവിളി നടത്തുക ഇതിനെ ഹിറ്റ്ലറോ മുസോളനിയോ അല്ലെങ്കിൽ പട നയിച്ചിട്ടുള്ള അലക്സാണ്ടർക്കോ ഒന്നും സാധ്യമല്ല അവരൊക്കെ മതിയാക്കിയിട്ടേറുള്ളൂ ഒരാറ്റം ബോംബിനും ഒരു ഹിരോഷിമയിലും ഇത് ഇല്ലാതെയാവുന്നില്ല എന്ന് പറയാം ഒരു രാസായുധങ്ങളാലും അതിനെ വിസ്തരിക്കാൻ പോകുന്നുണ്ട് അറിയ അപ്പം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇല്ലാതെയാകുന്നു എങ്കിൽ എന്താണ് ഇല്ലാതെയാകുന്നത് അത് അച്ഛൻ്റെ മരണമാവട്ടെ അമ്മയുടെ ആവട്ടെ മകൻ്റെ ആവട്ടെ മകളുടെയാവട്ടെ ഭർത്താവിൻ്റെ ആവട്ടെ ഭാര്യയുടെ ആവട്ടെ അവിടെ ഉറപ്പിച്ചോളണം ഭഗവാൻ അതുകൊണ്ടാണ് ആകമ പായിന അനിത്യാഹ എന്ന് അശോച്യാൻ അന്വശോച എന്നും പറഞ്ഞു തുടങ്ങിയത് അപ്പം ഇതാണ് സ്വാമി പറഞ്ഞത് മരണത്തിൽ നമുക്ക് ഏറ്റവും ഭയമുണ്ടാവും മരണാനന്തരം നമ്മൾ ദുഃഖിക്കാൻ ഇടവരുന്നത് ശരീരത്തോടുകൂടി ഇരിക്കെ നാം ഈ സത്യത്തെ അവിനാശിയായിട്ടുള്ള അതിനെ കണ്ടില്ല ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ അതും പറ്റിയില്ല അപ്പൊ ശരീരത്തോടുകൂടി ഇരിക്കെ അവിനാശിയായിട്ടുള്ള ആ സത്യമാണ് ഏന ഇതം സർവം ഉപനിഷത്തിലെ ഈശാവാസ്യം സർവം എന്നതിനെ ഭഗവാൻ മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ മാത്രമാണ് ഇതം സർവം എന്ന് പറഞ്ഞാൽ വസ്തുക്കളിലാണോ ഈശ്വരൻ ഈശ്വരനിലാണോ വസ്തുക്കൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും എവിടെയാണ് ഈശ്വരൻ ഈശ്വരനിൽ ഈ പ്രപഞ്ചമാണോ അതോ പ്രപഞ്ചത്തിൽ ഈശ്വരനാണോ ഇവിടെ ഇവിടെ തന്നെ കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ ഈശ്വരനിൽ വസ്തുക്കളോ വസ്തുക്കളിൽ ഈശ്വരനോ അല്ല പിന്നെയോ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതം സർവം ഏന അപ്പൊ പിന്നെ രണ്ടില്ല അവിടെ പിന്നെ വ്യവഹാരത്തിന് വേണ്ടി നാമവും രൂപവും നിങ്ങൾ ഈ നാമവും രൂപവും വെച്ച് വ്യവഹരിക്കുമ്പോഴും അതിനൊരു കുറവും സംഭവിക്കുന്നില്ല ഈ മസലപിടുത്തങ്ങോട്ട് ഒഴിവാക്കിയാലുണ്ടല്ലോ നമുക്ക് ഒരു നല്ലൊരു കഥ ഈ സമയത്ത് ഓർമ്മ വരിക ഒരു സെൻമാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതാണ് അതായത് രണ്ട് വൈക്കോലുകൾ വൈക്കോൽ എന്താ തുരുമ്പുകൾ നദി എന്താ നദിയിൽ പെട്ടു ഒന്ന് നദിയുമായിട്ട് മത്സരിക്കുകയാണ് ഒന്ന് നദിയുടെ കൂടെ അങ്ങനെ പോവുക നദിയുമായിട്ട് മത്സരിക്കുന്നവൻ അങ്ങേയറ്റം ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെടുന്നു കഥയാണ് അല്ല ഉദാഹരണം പറയണം അങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് ഭാവന ചെയ്ത് നോക്കണം അങ്ങനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പം അവൻ വിചാരിക്കുന്നു ഞാൻ നദിയായിട്ട് ചെറുത്ത് നിൽക്കുകയാണ് എന്ന് പക്ഷേ ഈ ചെറുത്ത് നിൽപ്പിൽ താൻ തന്നെ ഇല്ലാതെയാവുന്നുണ്ട് അത് അവൻ പോലും അറിയില്ല അതേ സമയത്ത് നദിയായി നദിയായിട്ട് ഒരു മൽപ്പിടുത്തത്തിനും ഇല്ലാത്തവൻ അങ്ങനെ ആനന്ദത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആനന്ദത്തോടുകൂടി സമുദ്ര എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് പോകുന്നത് പറയാം അപ്പൊ ഈ മൽപ്പിടുത്തം എവിടെ എത്തിക്കില്ല നമ്മൾ ഈ അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ സാഹചര്യങ്ങളോട് നമ്മളിങ്ങനെ പൊരുതുന്നുണ്ടല്ലോ അതിൻ്റെ ഊർജം വെറുതെ പോവുകയുള്ളൂ നേരെ മറിച്ച് ആ വിശ്വത്തിലേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇത് ഇതാണ് സത്യം എന്നറിഞ്ഞാലോ ഈ സത്യവുമായി താതാത്മ്യം പ്രാപിച്ചാൽ അതായത് ഒരു കുമിളക്ക് ഞാൻ കുമിളയല്ല ഞാൻ സമുദ്രത്തിന് പോലും ആധാരമായ ജലമാണെന്ന് അറിയുന്ന നിമിഷം കുമിളയുടെ കുമിളത്വം പിന്നെ ഇല്ല പിന്നെയോ സമുദ്രത്തിൻ്റെ മുഴുവൻ ആധാരമാണെന്ന പൂർണ്ണതയെ കുമിള സാക്ഷാത്കരിക്കുന്നു പിന്നെ കുമിളത്വം അവിടെ ഇല്ല എന്ന് പറയാം എന്നാ ഞാൻ ഈ കുമിളയാണെന്ന് പറയുമ്പോഴോ എനിക്ക് ജനനമുണ്ട് ഞാൻ ജനിച്ചു എനിക്കൊരു നാമമുണ്ട് എനിക്കിതാ ഇല്ലാതെ ഞാനിതാ കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതെയാവും കുമിളയുടെ കാര്യത്തിൽ ഓക്കെ സ്വാമി ഊർമ്മിളയുടെ കാര്യത്തിൽ വിഷമുണ്ട് ഇല്ലേ അതെ അർജുനൻ ഇവിടെ ചെയ്യാൻ അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കുന്ന ഇതിന് അർജുനൻ അവസാനം അർജുനനോട് ഇത് വ്യക്തമാക്കുന്നുണ്ട് നിമിത്തമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതൊന്ന് നമുക്കങ്ങോട്ട് ഉറക്കട്ടെ ഏത് ഏന ഇതം സർവം തദം തത് അവിനാശി ഇതി വിധി എല്ലാറ്റിന്റെയും അതുകൊണ്ടിവിടെ എല്ലാം ആരാധ്യമാണ് ആരാധനയ്ക്ക് യോഗ്യമാണ് ഏതെടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അതെന്തെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ സൃഷ്ടാവിനെയാണ് സൃഷ്ടിയിലൂടെ കാണാൻ ശ്രമിക്കുന്നത് ഏതെടുത്താലും ഇതാണ് ഭാരതീയ പഠനം ഈ ഒരു സത്യത്തെയാണ് വ്യാസഭഗവാൻ കൃഷ്ണന്റെ പതിനാറായിരത്തെട്ട് ഭാര്യാ സങ്കൽപ്പത്തിലൂടെ വേറൊരു പ്രകാരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനാറായിരത്തി എന്ന് പറഞ്ഞാൽ അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് എട്ട് എന്നത് ഭഗവാന്റെ പത്നിമാരാണ് ഭാര്യമാരാണ് ആ എട്ട് പേരെക്കുറിച്ച് ഭഗവാൻ ഈ ഗീതയിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ എട്ട് ഭാര്യമാരാരാണ് എന്ന് ഭൂമി രാപോ നലോ വായു ഖം ബുദ്ധിരേവച അഹങ്കാരമിതമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ എൻ്റെ പ്രകൃതി എട്ടാണ് ഞാൻ എട്ടിനെ വരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ എട്ട് ഈ എട്ടിൻ്റെ ഈ എട്ടാണ് ഈ കാണുന്ന വിശ്വം ഒന്നിനെ പലതാക്കിക്കഴിഞ്ഞാൽ ഈ എട്ടാണ് അഞ്ചു മഹാഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആ അഹംഭാവം ഞാൻ എന്നത് ഞാൻ നിലനിൽക്കുന്നു എന്നത് ഇതിൽ നിന്നാണ് ഈ അനന്തമായത് എന്ന് പറഞ്ഞാൽ പതിനാറായിരം അനന്തതയെ സൂചിപ്പിക്കുന്നു അപ്പൊ നാരദര് ഈ സത്യം അറിയാൻ വേണ്ടി ഓരോ ഭാര്യമാരോടൊപ്പം ഭഗവാൻ എങ്ങനെ വസിക്കുന്നു എന്ന് അറിയാൻ ഒരു എപ്രകാരമാണോ വളരെ ആലങ്കാരികമായിട്ടൊരു കഥ ചമയ്ക്കുന്ന സമയത്ത് ആ ഒരു അന്വേഷണം ആ വഴിയിൽ പോകുന്നത് നാരദൻ എന്ന് പറഞ്ഞാൽ നാരം ദദാതി ഇതി നാരദ നാരം പരമാത്മവിഷയകം ജ്ഞാനം നാരം ഇത് ഉച്ചയത്തെ പരമാത്മവിഷയകത്തെ വിഷയത്തെയാണ് നാരം എന്ന് പറയുക അതുകൊണ്ട് നാരായണൻ അപ്പം നാരത്തെ കൊടുക്കുന്നവൻ അറിവിനെ കൊടുക്കുന്നവനാണ് നാരദൻ നാരം ദദാതീതി നാരദ അല്ലാതെ ഏഷണി പണിക്കാരനല്ല ഇത് അമ്മ പറയാ മോനോട് എടാ എന്തിനാണടാ നീ ഏഷണി ഉണ്ടാക്കുന്നത് നീ നാരദന്റെ പണി അതെ അങ്ങനെ പറഞ്ഞു നീ നാരദന്റെ പണി എന്തിനാണ് എടുക്കുന്നത് ഈ അമ്മയ്ക്ക് നല്ല പരിചയ നാരദനെ ദേവഋഷിയാണ് അദ്ദേഹം ഋഷിയാണ് നാരദ ഭക്തിസൂത്രത്തിനും അടിസ്ഥാനമായ ഒരു പ്രമാണം രചിച്ച മഹാത്മാവാര ഉപനിഷത്തിൽ സനകാദികൾ സനകാദികളുടെ അടുത്ത് പോയി ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്ന മഹാത്മാവ അപ്പൊ ആ നാരദൻ ഭഗവാൻ എങ്ങനെ പതിനാറായിരത്തി വിട്ട് വീട്ടിലിരിക്കണു എന്നറിയാൻ ഓരോ വീട്ടിലും പോയി നോക്കി നാഗവതത്തിൽ ഓരോ വീട്ടിലും ഭഗവാൻ ഓരോരോ ജോലികൾ ചെയ്യണമെന്നാണ് ഒരു വീട്ടിൽ കുട്ടിയെ സ്കൂൾ പറഞ്ഞയക്കാൻ വേണ്ട കുടുപ്പൊക്കെ ശരിയാക്കി കൊടുക്കണു ഒരു വീട്ടിൽ നാളികേരം ചിരവി കൊടുക്കണു ഒരു വീട്ടിൽ പച്ചക്കറി നുറുക്കി കൊടുക്കണു ഒരു വീട്ടിൽ അലക്കി കൊടുക്കണു ഇങ്ങനെ സ്വാമി ആലങ്കാരികമായിട്ട് പറഞ്ഞതാ അങ്ങനെയല്ല ഓരോ വീട്ടിലും ഓരോരോ ജോലികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയാൽ അവിടെ കേന്ദ്രമായി വർത്തിക്കുന്നവൻ നാരായണൻ എന്ന് കണ്ടെത്താൻ പറ്റും അത് നാരദന് സാധിക്കും അറിവിനെ പ്രധാനം ചെയ്യുന്നവന് അല്ലാതെ എടോ കുറേ സ്ത്രീകളുടെ ഭാര്യമാരാക്കി ഒരു വലിയ കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു വഷളനൊന്നുമല്ല അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പറയാം ഓ ഒരു ഭാര്യയും വെച്ച് ഞാൻ പൊറുപ്പിക്കുന്നു ഈ പതിനാറായിരത്തെട്ടൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു നോക്കാം അതെങ്ങനെയാണ് എന്നൊക്കെ അതിനെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പം ഇതം സർവം ം അവിനാശി തദ്വിധി അത് നാശമില്ല അതില്ലാത്ത ഇടമില്ല ആ ബ്രഹ്മാതി പിലികാന്തനുഷു ജഗത്സാക്ഷിണി ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ കോർത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഭഗവാൻ ഇനി ആലങ്കാരികമായിട്ട് പറയാൻ പോകുന്നുണ്ട് സൂത്രേ മണികണ ഇവ എന്നൊക്കെ ചരടിൽ ചരടുപോലെ യിൽ ചരടന്ന പോലെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം പ്രജുൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു അതിനവിനാശം ഉണ്ടാക്കാൻ മനസ്സിലായിക്കോളൂ ക്ഷേത്രധ്വംസനങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ശക്തി വിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അപമാനിച്ചതുകൊണ്ട് അതിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഇതം സർവം യേന തഥം അവിനാശി തദ്വിധി അത് നാശമില്ല അതില്ലാത്ത ഇടമില്ല ആ ബ്രഹ്മാതി പിപ്പീലികാന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ കോർത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഭഗവാൻ ഇനി ആലങ്കാരികമായിട്ട് പറയാൻ പോകുന്നുണ്ട് സൂത്രേ മണികണ ഇവ എന്നൊക്കെ ചരടിൽ ചരടു പോലെ മാലയിൽ ചരടെന്ന പോലെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം അർജുനൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തിട്ടത് അതിനവിനാശം ഉണ്ടാക്കാൻ മനസ്സിലായിക്കോളൂ ക്ഷേത്രധ്വംസനങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ശക്തി വിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അപമാനിച്ചതുകൊണ്ട് അതിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും അതിനൊരു ലോപം വരുത്താൻ നിങ്ങളൊന്നും വിചാരിച്ചാൽ നടപ്പില്ല മക്കളേ എന്ന് രണ്ടാം അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒപ്പ് ഒരു ബ്രഹ്മ രക്ഷസിനെയും ബ്രഹ്മത്തെ രക്ഷിക്കാൻ ഒരു ബ്രഹ്മരക്ഷസും വേണ്ട എന്ന് പിന്നെ അപ്പൊ ഒന്ന് അമ്പലത്തിലെ ബ്രഹ്മരക്ഷ അത് സ്വാമിക്ക് അറിയില്ല ഇതൊക്കെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിക്കണം ഇവിടെ ശാസ്ത്രം പറയുമ്പം നമ്മൾ അങ്ങനെ പറയണു ഒന്നിനെയും പരിഹസിക്കുകയാണോ എന്ന് വേണ്ട വലിയ ആശ്വാസം നൽകുന്നത് അതിന്റെ അപ്പുറത്തേക്കുള്ള ആശ്വാസ വാക്കുകളൊന്നും ഉണ്ട് എന്ന് തോന്നില്ല എന്ന് പറയാണ അനാശിനോ പ്രമേയ യുദ്ധസ്വഭാരത തസ്മാ യുദ്ധസ്വഭാരത ഹേ അർജുന അതുകൊണ്ട് നീ യുദ്ധം ചെയ്യേണ്ടതാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആദ്യത്തെ ഭഗവാന്റെ യുദ്ധ പ്രഖ്യാപനാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം ഏതുകൊണ്ട് എത്ര വൈരുദ്ധ്യം നിറഞ്ഞതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുവനും സാധ്യമല്ല എന്നിരിക്കെ നീ എന്തുവേണം യുദ്ധം ചെയ്യാൻ തയ്യാറാവണം അതുകൊണ്ടാണ് എമേഴ്സനൊക്കെ കിതാവും അടക്കിവെച്ചത് ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ഇത്രയും സങ്കീർണമായിട്ടുള്ള ഈ ഒരു അർജുനനെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സങ്കീർണതയുണ്ടല്ലോ അത് മനസ്സിലാവാതെ പോയത് അത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയുണ്ട് പലർക്കും നമുക്കും ചിലപ്പം തോന്നും ഗീതക്രമത്തിൽ പഠിക്കുമ്പം തോന്നണം തോന്നിക്കാൻ വേണ്ട ഉപായങ്ങളൊക്കെ സ്വാമി മെനയും പറയാം എത്രത്തോളം നിങ്ങൾ സങ്കീർണത നിങ്ങളില് വരുന്നുവോ അത് ശാസ്ത്രം കൂടുതൽ ഉൾക്കൊള്ളാൻ അനുഗ്രഹം ആ എന്താ പറയാ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി വരുമ്പോ ഇത് തൊട്ട് മുൻപ് ഭഗവാൻ പറഞ്ഞതും ഇതായിപ്പം പറയാൻ പോകും പറ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞത് അന്തവന്ത ഇമേദേഹാഹ നിത്യ ഉക്ത ശരീരിണ അനാശിന അപ്രമേയ തസ്മാത് ഹേ ഭാരത യുദ്ധസ്വ നിത്യ അനാശിന നിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യൻ നിത്യം എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത് അനാശിന അനാശി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് അപ്പൊ എന്നും നിത്യ എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ സ്വാമി അതെ മതി അനാശി എന്ന് പറഞ്ഞാൽ എന്താ അത് നാശമില്ലാത്തതുകൊണ്ട് നിത്യം ഉള്ളതിന് നാശം ഇല്ല എന്ന് ഉറപ്പാക്കുക അനാശിന അപ്രമേയസ്യ അത് ഇന്ന പ്രകാരത്തിലെന്ന് പറയാൻ പറ്റാത്തത് ഇന്ന വിധമെന്ന് പദച്ചേദം ചെയ്യാനോ പരിച്ഛേദം ചെയ്യാനോ ഒന്നും പറ്റാത്തത് മേയം പ്രമേയത്തിനപ്പുറത്ത് അപ്രമേയം നിത്യസ്യ അനാശിന അപ്രമേയസ്യ പിന്നെയോ ശരീരിണ ശരീരിണ എന്ന് പറഞ്ഞാൽ ശരീരത്തോടുകൂടിയിട്ടുള്ള ആത്മാവിന്റെ ഇമേ ദേഹാഹ ഈ ദേഹങ്ങൾ നിന്റെയും എന്റെയും ഈ രാജാക്കന്മാരുടെയൊക്കെ ദേഹങ്ങള് അന്തവന്ത ഇതിനെന്താണ് അന്തവന്താന്ന് പറഞ്ഞാൽ തമിഴിലെ അന്തവന്ധ അതല്ല അന്തവന്ത എന്ന് പറഞ്ഞാൽ അതിന് അവസാനം ഉള്ളതാണ് അപ്പൊ എന്റെയും നിന്റെയും ഒക്കെയുള്ള ശരീരമുണ്ടല്ലോ ദേഹിന ഇതിനെന്തുണ്ട് ഇതിന് അവസാനം ഉണ്ട് എന്ന് ഇതി ഉക്താഹ പറയപ്പെട്ടിരിക്കണം അപ്പൊ ശരീരത്തിന് ആറ് വികാരങ്ങളുണ്ട് എന്തൊക്കെയാണ് അസ്ഥി ജായതെ വർദ്ധത വിപരീണമതെ അപക്ഷീയത വിനശ്യതി ാശമുണ്ട് ഇതാണ് ഭഗവാൻ ഉക്താഹ എന്ന് പറയുന്നത് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആറ് വികാരങ്ങൾക്ക് വിധേയമാണ് ശരീരം എന്നാണ് ആ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് അത്ര ത്വങ് മാംസരുതിരസ്നായു മേതോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണ പുരുഷാഭ്യാം സ്ഥൂലം വപുഹു ഇതം വപുഹു ഈ വപുസ് ഈ വപുസിനെ അറിയണം എങ്ങനെ അറിയണം ഇതിനെന്തുണ്ട് തൊങ് മാംസരുതിര സ്നായു ത്വക്കുണ്ട് തൊലി തൊങ് മാംസമുണ്ട് രുതിരം രക്തമുണ്ട് സ്നായു ഞരമ്പുണ്ട് അസ്ഥി എല്ലുണ്ട് മജ്ജ അതിനകത്ത് മജ്ജയുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ സംഘാതമായിട്ട് പരിണമിച്ച മലവും മൂത്രവുമുണ്ട് ഇങ്ങനെ സപ്തധാതുക്കളാൽ നിർമ്മിതമാണ് ശരീരത്തിൻ്റെ ഉണ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതൊക്കെ എന്താ എന്താണ് അന്തവന്ത ഇതി ഉക്ത അതിനവസാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അർജുന തസ്മാത് യുദ്ധസ്വ അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം ഇവിടെ വീണ്ടും നമ്മൾ ഈ ഒന്നാം അധ്യായത്തിലേക്കൊക്കെ പിറകിലേക്കൊക്കെ ഒന്ന് വരുന്നത് നല്ലതാ യുദ്ധം രണ്ട് പ്രകാരത്തിൽ സ്വാമി പറയും ഒന്ന് സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും ഒരു രണ്ടിനോടും അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ടാണ് വ്യാസൻ പോകുന്നത് രണ്ടു യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് ഉള്ളിലാണ് ഉള്ളിലുണ്ടെങ്കിലാണ് പുറത്ത് എന്താ യുദ്ധം നടക്കുക അപ്പം നമ്മൾ ആലോചിക്കുക ഇപ്പം ഭഗവാൻ പറയുന്നത് ഇനി ഒന്ന് ഒന്നുകൂടെ കുറച്ചുകൂടെ മുൻപിലേക്ക് വരണം എന്നാലും നമുക്കിവിടെ ഒന്ന് ചവിട്ടിയിട്ട് നമുക്ക് പിറകിലേക്ക് പോയാൽ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്താൽ നല്ലതാണെന്ന് പറയാം അപ്പം ഭഗവാൻ പറഞ്ഞു തൊട്ട് മുൻപ് പറഞ്ഞു എന്താണ് നീയും ഈ കാണുന്ന രാജാക്കന്മാരും ഞാനും ഒക്കെ ഉണ്ടല്ലോ എന്നും ഉള്ളതാണ് നീയും ഈ കാണുന്ന എല്ലാം അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാളാലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഇതും ഭഗവാൻ പറഞ്ഞു മാത്രമല്ല ശരീരത്തിന് എന്തുണ്ട് നാശമുണ്ട് ശരീരം നശിക്കുന്നതാണ് അപ്പൊ ശരീരം നശിക്കുന്നതാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ എന്ത് വേണം തസ്മാത് യുദ്ധം ചെയ്യേണ്ടതുണ്ട് ഈ അറിവിൽ ഒരു യുദ്ധം നടന്നാൽ ഈ അറിവിലാണ് ഒരുവൻ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാണെന്നാണ് ഈ അറിവില്ലാതെയാണ് ഒരുവൻ യജ്ഞം ചെയ്യുന്നതെങ്കിൽ അത് യുദ്ധമാവും അതുകൊണ്ടാണ് ദക്ഷന്റെ യജ്ഞം യുദ്ധമായത് അവിടെ ഭഗവാനെ നിരാകരിച്ചു അത് ഭഗവാൻ എന്ന് ഭഗവാൻ ഇനി പറയാൻ പോകുന്നുണ്ട് സ്വാമി ഇവിടെ വെച്ച് നിങ്ങൾക്ക് ശ്ലോകം എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചാൽ ആ തടസ്സം ഒന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി പറയുകയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് അർജുന ഇവരെ ഞാൻ നേരത്തെ ശരിയാക്കിയിട്ടുണ്ട് നേരത്തെ ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു എന്ന് അപ്പോൾ ഇനി ഭഗവാ ഇവിടെ അർജുനൻ ഒരു യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആ യുദ്ധം ചെയ്യുന്നത് അർജുനനല്ല ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എഴുന്നേറ്റോടിയ എന്താ ആർക്കുമെന്റീസും അതുപോലെ എന്താ മറ്റുള്ള ശാസ്ത്രകാരന്മാരൊക്കെ അവരല്ലാതെയായി തീർന്നത് കാരണം ആ വിശ്വമായി പരിണമിക്കുന്ന ഒരു ആ പരിണാമമുണ്ടല്ലോ ആ പരിണാമത്തിലേക്ക് അർജുനനെ ഒന്ന് ഭഗവാനൊന്ന് ഉയർത്തുക കാരണം അർജുനൻ ഈ നോക്കൂ ഇതിൽ ഒന്നാം അധ്യായത്തിൽ ഇവിടെ വെച്ചിട്ടാണ് ഒന്നാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് സ്വാമി തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ അപ്പം ഭീഷ്മ പിതാമഹൻ ഒന്നാം അധ്യായത്തിൽ ശംഖുമുഴക്കി കൗരവപക്ഷത്താണ് ആ ശംഖുമുഴക്കിയതിനെ ഈ പാണ്ഡവപക്ഷത്ത് നിന്ന് ഏറ്റെടുക്കുന്നത് ഭഗവാനാണ് സത്യം പറഞ്ഞാൽ ഭഗവാൻ നിരായുധനാണ് യുദ്ധം ചെയ്യില്ല എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിരായുധനായിരിക്കും ആരോടും യുദ്ധ യുദ്ധമില്ല എന്ന് എല്ലാവർക്കും പറയാം ഭഗവാൻ നേരിട്ട് യുദ്ധമൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈന്യാ പാണ്ഡവപക്ഷത്തെ സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യമുനനാണ് അത് ഏറ്റെടുത്ത് വിളിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഭീഷ്മര അത് പറയുന്ന സമയത്ത് ഇതാണ് ഭഗവാന്റെ ഈ പ്രവൃത്തികൾ നമ്മൾ കാണണം അതായത് ഭഗവാൻ പറയുന്നത് ഭഗവാൻ്റെ വലിയ ലീല അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് ഒരു വെല്ലുവിളി ഒരു യുദ്ധമെങ്കിൽ യുദ്ധം ഒരു പക്ഷത്തു നിന്ന് എതിർപക്ഷത്തു നിന്ന് അത് ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ചാണ് ഈ പാഞ്ചജന്യമൊക്കെ മുഴക്കിയത് പറഞ്ഞുവല്ലോ എന്നാലും ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭഗവാൻ അത് ഏറ്റെടുക്കുന്നത് നമുക്കും ഒരു സ്വീകാര്യമായിട്ടുള്ളൊരു മാതൃക ഏതും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്ന് പറയാം ജീവിതം എന്നതേ യുദ്ധമാണ് ഏത് വിരുദ്ധ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കുക മറുപടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പ്രതികാരത്തോടുകൂടിയായിരിക്കരുത് പല വിധത്തിൽ നമുക്കതിനേറ്റെടുക്കാം ഒരാളൊരു വാക്ക് പറയുമ്പം നമുക്കതിനെ തിരിച്ചു പറയാം തിരിച്ചു പറയുന്ന ഒരു ശൈലിയുണ്ട് അല്ലേ തിരുമേനി ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് തിരുമേനിയെ വളരെ മോശമായിട്ട് തിരുമേനിയോട് എന്തൊക്കെയോ പറഞ്ഞു ഒരാൾ അങ്ങനെയുള്ളവനെ ഇങ്ങനെയുള്ളവനെ ഡാഷ് കുറെ ഡാഷുകൾ പറഞ്ഞു ഇവിടെ മൈക്കിൽ പറയാൻ പറ്റില്ല അത് അങ്ങനത്തതൊക്കെ പറഞ്ഞു അപ്പം തിരുവേനി തിരിച്ച് പറഞ്ഞു എന്നാ ഏയ് പാൽപ്പായസം കുടിയൻ സാമ്പാർ കുടിയൻ ആ വീൽ കഴിക്കുന്നവൻ എന്നൊക്കെ അപ്പൊ കേട്ടിരുന്ന ആൾക്ക് അത്ഭുതം ഹായ് തിരുമേനി എന്താ ഇത് ഹേയ് നാം കഴിക്കുന്നത് നാം പറഞ്ഞു അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അപ്പൊ ആ ഏറ്റെടുക്കലുണ്ടല്ലോ ആ ഏറ്റെടുക്കുമ്പം തന്നെ അതിനെ നിഷ്പ അതിനെ സ്വീകരിക്കലാണ് അത് ഇതാണ് ഭഗവാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ആദ്യത്തെ പ്രോസസ്സിങ് അതാണ് അപ്പം അതിന് വ്യാസന എന്ത് ചെയ്തിരിക്കുന്നു യുദ്ധഭൂമിയെ തന്നെ ഈ കഥ പറ ഈ തത്വം അനാവരണം ചെയ്യാൻ അവതരിപ്പിച്ചിരിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ അർജുനൻ നമ്മുടെ പ്രതിനിധിയാണ് ഉപനിഷത്തിൽ ഋഷി ഈ സത്യം ഒരു മരച്ചുവട്ടിലിരുന്ന് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഭൂമികയിൽ ഈ സത്യം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വ്യാസന് തോന്നി പോരായെന്ന് കാരണം നമ്മുടെ ഭൂമിക അങ്ങനെയല്ല ഉപനിഷത്ത് വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയിലല്ല നാം സത്യത്തെ അന്വേഷിക്കുന്നത് നാം സത്യമാണ് അന്വേഷിക്കുന്നത് ഏത് പ്രകാരത്തിലെന്നാൽ ഒരു ഒരു സമാധാനമില്ലല്ലോ വീട്ടിൽ അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് ഈശ്വര എന്നാൽ പോയി കുറച്ച് ഗീത കേൾക്കാം അപ്പം നമ്മുടെ ഒരിക്കലും നാം ഒരു ആശ്രമത്തിൽ പോയിട്ട് ചേരും എന്നൊന്നും ഈ ഇത്രയും നിങ്ങളൊക്കെ ഇപ്പോൾ ശരി ഈ ഒരു ആശ്രമത്തിൽ നമുക്ക് മൂന്ന് കൊല്ലം പഠിക്കാം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ വരാൻ അങ്ങനെ നിങ്ങളെ ക്ഷണിക്കുന്നതും തെറ്റാണ് അപ്പൊ വ്യാസൻ നമ്മളെയൊക്കെ കണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ കർമ്മക്ഷേത്രത്തിൽ അതിൻ്റെ മധ്യത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഇവിടെ നാം അതാവുന്ന അതാവാൻ നാം അത് ഏറ്റെടുക്കുന്നുണ്ടോ അത് ഭീഷ്മരുടെ ഭാഗത്തു ആരുടെ ഭാഗത്തു നിന്നാവട്ടെ അത് ഭീമനായിരുന്നു ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഒരു മഹാത്മാവ് ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകുമ്പോൾ പറയുന്നത് ഈ ഭീഷ്മരു മുഴക്കിയ ഭീഷ്മർ മുഴക്കിയ ശംഖനാഥം ആ കുരുവൃദ്ധ പിതാമഹനായിട്ടുള്ള സിംഹനാഥം വിനദ്യ ഉച്ച ശംഖം ദദ്മൗ എന്ന് പറയുന്നത് ഏറ്റെടുത്തത് ഭീമനായിരുന്നുവെങ്കിൽ ഇതിന്റെ കഥ തന്നെ വേറെയായേനെ എന്ന ഭഗവാൻ അത് ഏറ്റെടുത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി അത് സ്വീകരിച്ചത് ഭഗവാനാണ് ആ സമയത്ത് ആ സമയത്ത് തന്നെ ഒരു നിമിത്തമാവുകയാണ് പിന്നെ അതൊരു ഒരു വല്ലാത്തൊരു പോക്കാണത് നിങ്ങളത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ വിളി ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ആകെ ഒലഞ്ഞു പോവും ഈ ഒലച്ചിൽ തേർത്തെട്ടിലെ ഒലച്ചിലൊക്കെ നമുക്കും ഉണ്ടാവും ചിന്നയാൻ സ്വാമികൾ പറയും അനുഗ്രഹം പൂമഴ പോലെയല്ല കനൽമഴ പോലെയാണ് തലമണ്ടയിലെ രോമൊക്കെ കത്തിപ്പോവും ഒന്നും ഉണ്ടാവില്ല എന്നാണ് റേഡിയേഷൻ കഴിഞ്ഞ പോലെ അത് തയ്യാറാക്കലാണ് നമ്മളെ ഐ സി യുൽ വെച്ചിട്ടാണ് നമ്മൾ ഓ ഐ സി യു എന്ന് പറയുക അപ്പം അതിലേക്ക് വീഴാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തസ്മാതി യുദ്ധസ്വ എന്ന് പറയുമ്പം അർജുനനെ ഭഗവാനൊന്ന് തയ്യാറാക്കുക എന്നിട്ട് വേണം ഇനി പറഞ്ഞു കൊടുക്കാൻ മുൻപിലേക്ക് നമുക്ക് പോവാം യുദ്ധത്തെ യുദ്ധം എങ്ങനെയാണ് അവിടെ അനാവരണം ചെയ്യുന്നത് എന്താ ഭഗവാൻ പറയുന്നത് ഇപ്പൊ തസ്മാത് യുദ്ധസ്വ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് വിസ്തരിച്ച് ആരാണ് നിൻ്റെ ശത്രു ആരെയാണ് നീ ഇല്ലായ്മ ചെയ്യേണ്ടത് ബാഹ്യമായി അർജുനൻ ദുര്യോധനാദികളും ധൃതരാഷ്ട്രപു അതായത് ധൃതരാഷ്ട്രപുത്രന്മാർ അർജുനൻ ശത്രുവായി കാണുന്നുവെങ്കിൽ ഭഗവാൻ അത് തിരുത്തുന്നുണ്ട് ആ തിരുത്തുന്ന ശ്ലോകം നമുക്ക് സ്പഷ്ടമായിട്ട് വായിച്ചെടുക്കാം കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട മൂലമന്ത്രത്തിൽ തന്നെ അത് എന്താ പറയുക അന്തർലീനമാണ് അതുകൊണ്ട് നിത്യ അനപ്രമേയ ശരീരിണ ഇമേ ദേഹാഹ അന്തവന്ത ഇതി ഉക്ത അതുകൊണ്ട് തന്നെ തസ്മാത് ഈ തസ്മാ ഒരു ഗീതയിലെ ഭഗവാന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് അതുകൊണ്ട് തസ്മാ ഏതുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോച്യാൻ അന്വശോചസ്വം മുതൽ ഇതായി ഇതുവരെ അതുകൊണ്ട് നീ എന്തു വേണം യുദ്ധസ്വ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം തുടർന്ന് േത്തിശ്നം മന്യദേഹം ഉഭ വിജ നദുരുത്തൻ ഏതുരുവൻ എനം ഇവനെ ആത്മാവിനേ നിന്റെയും എന്റെയും ഈ രാജാക്കന്മാരുടെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവൃതമായിട്ടുള്ള ഏതൊന്നിനാൽ ആവൃതമായി ഈ വിശ്വം നിലകൊള്ളുന്നുവോ അതിനെ എന്നാണ് ഇവനെ ഏനം ഹന്താരം വേത്തി കൊല്ലുന്നവൻ എന്ന് അറിയുന്നു യഹ യാതൊരുവൻ ഏനം ഗംഭീരായിട്ടുള്ള ശ്ലോകമാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതുകൊണ്ട് നന്നായി എഴുതി വെച്ചോളൂ അടിവരയിട്ട് വെച്ചോളൂ ആദ്യം ഭഗവാൻ പറയുന്നത് യഹ യാതൊരുവൻ അതായത് നമ്മളോ നമ്മളോടാണ് യഹ ഞാൻ എന്തറിയുന്നു ഏനം ഹന്താരം ഇതിവേത്തി ഞാൻ എന്തറിയുന്നു ഇവനെ കൊല്ലുന്നവനെന്ന് അറിയുന്നു അതായത് പറഞ്ഞാൽ അതായത് ഞാൻ ഒരുത്തനെ കൊല്ലുന്നു എന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ ഇതാണ് പച്ചമലയാളം ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്നാൽ അവൻ കൊല്ലപ്പെടുന്നു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എന്നാണ് തുടർന്ന് പറയണം ഏനം ഇതിന് ഈ ആത്മാവിനെ ഹതം ച മന്യതെ അയ്യോ കൊല്ലപ്പെട്ടതായി കരുതുന്നത് ആരെങ്കിൽ ആരാലെങ്കിലും കൊല്ലപ്പെട്ടതായി ഹതം ച മന്യതെ തൗ ഉഭവർ രണ്ടു പേരും ഇനി നാളെ ഇവരാൽ ഞാൻ മരിച്ചു പോകുമെന്നും അല്ലെങ്കിൽ ഞാൻ ഇവരെ കൊല്ലുമെന്നും ഇങ്ങനെയൊക്കെ ആരാണോ അറിയുന്നത് തൗ ഉപ അവർ രണ്ടുപേരും ന വിജാനീതഹ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അവർ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അയം ഇവൻ ആത്മാവ് നഹന്തി ഇത് കൊല്ലപ്പെടുന്നില്ല ന ഹന്യത കൊല്ലുന്നുമില്ല ഇതൊരാളെ കൊല്ലുന്നില്ല ഇത് കൊല്ലപ്പെടുന്നു ഇല്ല സ്വാമിയെ വട്ടു പിടിക്കാൻ വേറെ ഒന്നും വേണ്ട മനുഷ്യന് ഒരുമാതിരി ഉണ്ടല്ലോ ഇത് തന്നെ അധികമാണ് എന്താപ്പം നിങ്ങൾ പറയുന്നത് സ്വാമിക്ക് വല്ല പിടിപാടുണ്ടോ അല്ല ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് എന്താ സ്വാമി ഒന്നുകൂടെ പറയാം പറയുന്നു യഹ മനസ്സിലായി യാതൊരുവ ഇപ്പം ഞാൻ എന്ന് പറയാം എന്താ പറയും എങ്ങനെ ഏനം ഇതിനെ ആത്മാവിനെ ശരി എനിക്ക് അതിനെ പിടികിട്ടിയിട്ടില്ല പറഞ്ഞപ്പോ ഏകദേശം ഒരു ധാരണ വന്നു അങ്ങനെ വരാവൂ ആത്മാവിനെ പിടികിട്ടിയോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല തിരുമേനി പറഞ്ഞതുപോലെയാവും തിരുമേനി കുറെ കാലം പറഞ്ഞു നടന്നു എന്താ മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പിന്നെ തിരുമേനി പറയാൻ തുടങ്ങി മനസ്സിലായി മനസ്സിലായി അപ്പൊ ആളുകൾ ഹാവു തിരുമേനി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരി എന്താ മനസ്സിലായത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി മനസ്സിലായി എന്ന് ആത്മാവിനെ ആ ശരി സ്വാമി ഏകദേശനിക്കും അവനെന്നും അവരുത് അതായത് എല്ലാ പ്രവൃത്തികൾക്കിടയിലും വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും വാക്കുകൾ എവിടെയാണ് ചെന്ന് അസ്തമിക്കുന്നത് നോക്കിക്കോളൂ എല്ലാ പ്രവൃത്തികൾക്കിടയിലും നിഷ്ക്രിയമായിരിക്കുന്ന ഒരു സത്യം എല്ലാ മാറ്റങ്ങളിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നത് എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായി വർത്തിക്കുന്നത് അതിനെയാണ് ഇവിടെ തൊട്ട് മുമ്പ് അപ്രമേയം എന്ന് പറഞ്ഞത് അളക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം അളക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും അളക്കാം എത്ര കിലോ എത്ര നീളം വീതി അത് സ്ക്വയറാണോ അത് ത്രികോണമാണോ സമചതുരമാണോ അത് കുറിയതാണോ വലിയതാണോ ഉരുണ്ടതാണോ പരന്നതാണോ ഒന്നുമല്ല അല്ല സ്വാമി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്താ കേട്ടത് അത് ഒരു കട്ടയാണെന്ന് ഏ അതെ സച്ചിദാനന്ദ കട്ട അപ്പോൾ ഇരിക്കും നമ്മളൊരു ഇഷ്ടിക പോലെ ഒരു സ്വർണത്തിൻ്റെ ഒരു ഇഷ്ടിക പോലെ അതിങ്ങനെ കട്ട കട്ട നമുക്ക് ഈ കട്ട ആകെ മനസ്സിലായിട്ടുള്ളത് ഈ കട്ട മാത്രമേ ഉള്ളൂ ഈ ഹലുവ പോലെ അല്ലെങ്കിൽ ഇഷ്ടിക പേരിലൊന്നും പോയി കുടുന്നരുത് സച്ചിദാനന്ദ കട്ട പറഞ്ഞ ആൾക്കത് കൃത്യമാണ് അപ്പം പറയുന്നു യഹ യാതൊരുവൻ ഏനം ഹന്താരം വേത്തി ഇവനെ എന്തറിയുന്നത് കൊല്ലുന്നവനെന്നറിയുന്നത് ഒന്ന് ഒരറിവ് അതായത് ഞാൻ ഒരാളെ കൊല്ലുന്നു എന്നറിഞ്ഞാൽ അഹിംസയെക്കുറിച്ചാ പറയാൻ പോകുന്നുട്ടോ ഇതിനെയാണ് അഹിംസ എന്ന് പറയുക ഒന്നിനെ ഹിംസിക്കാതിരിക്കുന്ന പരമമായ സത്യമുണ്ടല്ലോ അഹിംസ എന്ന സിദ്ധാന്തം ഭഗവാൻ കൃഷ്ണൻ അവതരിപ്പിക്കുന്നതാണ് ഇതാണ് പക്ഷേ എന്തുകൊണ്ടോ നാം ഗാന്ധിജിയുമായി ചേർത്ത അഹിംസയെ മനസ്സിലാക്കിയപ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണത പിടികിട്ടാതെ പോയി അത് ഗാന്ധിജിയുടെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് നമ്മൾ വിചാരിച്ച് ഒന്നിനെയും കൊല്ലാതിരിക്കലാണ് അഹിംസ എന്ന് ഈ അറിവാണ് അഹിംസ ഈ അറിവിൽ ഒരുവൻ വർത്തിക്കുന്നുവെങ്കിൽ അവൻ അഹിംസാവാദിയാണ് അല്ലാതെ ഇങ്ങനെ വായലൊരു തുണിയും കെട്ടി എപ്പോഴും എല്ലാം നാം നോക്കിക്കൊണ്ട് നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ ഊഷ്മജത്തെയും സ്വേതജത്തെയും ഒക്കെ നിരാകരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഊഷ്മജ സ്വേതജ ജീവ ജീവ ജീവജ അതായത് ജീവജാലങ്ങളുണ്ട് അതായത് അന്തരീക്ഷത്തിൽ മാത്രം നിലകൊള്ളുന്നതാണ് അത് നാം പ്രാണനെ എടുക്കുന്ന സമയത്ത് ഉച്ഛ്വസിക്കുന്ന സമയത്ത് അതിന് മരണവും മറ്റും സംഭവിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക നമ്മൾ മുറ്റടിച്ചു വരുമ്പോൾ ഉറുമ്പുകളൊക്കെ മരിക്കണം അഹിംസ എന്ന് നടപ്പില്ല എവിടെ നടപ്പില്ലാത്തതല്ല നടപ്പുള്ളതായിരുന്നു ഈ അറിവ് ഈ അറിവിലൊരുവൻ വർത്തിക്കുന്ന സമയത്ത് അവന് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവും എന്താ തിരിച്ചറിവ് എനിക്കൊന്നിനെയും ഇല്ലായ്മ ചെയ്യാനോ മറ്റൊന്നിനെ എന്നെ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ ജീവിക്കുമ്പോഴാണ് അഹിംസ ഇവിടെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് എന്നും ഒരു ഒട്ടോപ്യൻ സിദ്ധാന്തമായിട്ട് നിലകൊള്ളും അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ അറിയുന്നുവെങ്കിൽ എങ്ങനെ ഞാൻ ഇതിനെ കൊല്ലുന്നു ഞാൻ കൊല്ലപ്പെടുന്നു ഏനം ഹതംശ മന്യതെ ഇവനെ ആത്മാവിനെ കൊല്ലപ്പെട്ടതായും ആരറിയുന്നു മന്യതെ കരുതുന്നു തൗ ഉപ അവർ രണ്ടുപേരും ന വിജാനീത അവർ പരമാർത്ഥം അറിയുന്നില്ല സത്യമറിയുന്നില്ല എന്തെന്നാൽ അയം നഹന്തി ഇത് കൊല്ലുന്നില്ല ഇതൊരാളെയും കൊല്ലുന്നില്ല ന ഹന്യതെ കൊല്ലപ്പെടുന്നു അതാണ് ഞാൻ പിന്നെ ഈ ഒരു അറിവിൽ എന്ത് വേണമെങ്കിലും സ്വാമി ഇതാണ് മനസ്സിലാവാത്തത് ഈ അറിവ് കിട്ടിയാൽ പിന്നെ നമ്മളില്ല ഞാൻ എന്ന വ്യക്തിത്വം അഴിഞ്ഞു വീഴുന്നത് ഇവിടെയാണ് ഇവിടെ വീഴണം അതില്ലാതെ ഭഗവാൻ യുദ്ധം ചെയ്താലുള്ള ദോഷത്തെയാണ് ഭഗവത്പാദര് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഭഗവാൻ ഇതിനെ അങ്ങോട്ട് വിസ്തരിക്കുന്നുണ്ട് ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തുടർന്ന് ഭഗവാൻ അതിനെ കുറച്ചും കൂടെ ലളിതവത്കരിക്കാൻ പോകുന്നുണ്ട് അർജുനൻ ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നത് എൻ്റെ ആളുകൾ എന്നുള്ളതാണ് എൻ്റെ ആളുകളെ എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ എങ്ങനെ ഞാൻ കൊല്ലും എന്നുള്ളതാണ് ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ രണ്ടാം അധ്യായം നന്നായി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു കാരണവശാലും അത് എന്താ പറയാ മനസ്സിലാകാതെ പോകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് സ്വാമി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുക കാരണം എവിടെയോ കുടുങ്ങി കിടക്കുന്നുണ്ട് ചിലരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നാം അധ്യായത്തിന് ഒന്ന് നമുക്ക് ഓർമ്മ വേണം ഒന്നാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതില് ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടുള്ള ഒന്ന് പ്രധാനമായിട്ട് ഇതാണ് എൻ്റേത് എന്നുള്ളത് ആചാര്യസ്വാമികൾ അതിനെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചു മമ ഏഷാം അഹം ഏതേ ഇത് ഭ്രാന്തിപ്രത്യ നിമിത്തം അജ്ഞാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭ്രമജനിതമായ ചിന്തയാണ് അർജുനനെ കൊണ്ട് ഇത് ചിന്തിപ്പിച്ചത് അപ്പൊ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ഇത് പറയുമ്പോൾ നാ സദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദഹ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോ നമ്മൾക്ക് ചിലപ്പോ തോന്നും അർജുനൻ ചോദിച്ചതിന്റെ ഉത്തരമൊന്നും അല്ലല്ലോ ഭഗവാൻ പറയുന്നത് അപ്പൊ അർജുനില് നമ്മൾ ആദ്യം കാണുന്നത് ഒരു എന്താ പറയുക ഒരു അഹിംസ സിദ്ധാന്തത്തെ അർജുനൻ അവതരിപ്പിക്കുന്നു അർജുനന്റെ അവതരണം ഒക്കെ കേമാണ് ഒന്നും മോശമല്ല അതേ സമയത്ത് അർജുനനിൽ പിടികൂടിയിട്ടുള്ള ഒന്ന് ഇത് മാത്രമാണ് ഞാൻ എന്നും എൻ്റേതെന്നും സ്വജനം ഹി കദം ഹം ആളുകളെ എങ്ങനെ കൊല്ലും എന്നാണ് ഭഗവാന്റെ ഇത് ഒന്ന് ആഴത്തിൽ മനനം ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം എന്ന ചിന്ത തന്നെ കൊല്ലല അതെ ഗീതയുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ ഹിംസ എന്നത് എന്റേത് എന്ന ചിന്ത തന്നെയാണ് അപ്പം അഹിംസയിലേക്ക് പോകുന്ന അർജുനനെ ഭഗവാൻ ഹിംസയിലേക്ക് നയിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല കൃഷ്ണൻ അങ്ങനെ ഒരു ദൗത്യം ഇല്ല ഒരിക്കലും അത് ചെയ്യൂ ഇല്ല അർജുനൻ അർജുനനിൽ ഹിംസ തന്നെയാണുള്ളത് കാരണം നമ്മളിലൊക്കെ പറയുന്നതാ അർജുനൻ രൂപപ്പെട്ടതേ അങ്ങനെയാണ് യോദ്ധാവാണ് അർജുനൻ അർജുനൻ വേദമല്ല പഠിച്ചത് വേദം പേരിന് പഠിച്ചെന്നേ ഉള്ളൂ അർജുനന്റെ വേദം ധനുർവേദമാണ് അസ്ത്രശസ്ത്രവിദ്യയിലാണ് നിപുണനാണുള്ളത് ഇവിടെ ഭഗവാൻ പറയുന്ന ആ കാര്യം ഈ ശ്ലോകങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗീത നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാം കുറച്ചൊരു വിഷമമുണ്ടാവും മനസ്സിലാക്കാൻ അപ്പൊ എൻ്റേത് അഥവാ ആ സംഘം അത് ആ വികാരം ഹിംസ ഹിംസയായിട്ടാണ് ഉപനിഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹിംസയുടെ ആണിക്കല് അതിൻ്റെ മുകളിലാണ് അടിച്ചിരിക്കുന്നത് എന്റെ സ്വന്ത എന്റെ സുഹൃത്തുക്കളെന്ന് ഞാൻ എണ്ണുന്ന സമയത്ത് എന്റെ ശത്രുക്കളെ ഞാൻ എണ്ണിക്കഴിഞ്ഞു എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഞാൻ ചിലരെ കാണുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ശത്രുക്കളെയും കാണുന്നു ഭഗവാൻ ഇത് രണ്ടിനും എതിരാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ അവസാനം ഇത് ഗീത നിങ്ങൾക്ക് എന്തിനാ സ്വാമി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രമത്തിലങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ചിലപ്പം ഇത് വിട്ടുപോകും കണ്ണി വിട്ടുപോകും ഭഗവാൻ ആശയം അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനൻ ഒന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പതിനെട്ടാം അധ്യായത്തിൽ വരെ കൊണ്ടെത്തിക്കുന്നുണ്ട് കാരണം എനിക്ക് ശത്രുവും മിത്രവും എനിക്ക് ശത്രു എന്നോ മിത്രമെന്നോ ഇല്ല നമ്മൾ വിചാരിച്ചേക്കണ്ട എന്താ ദേവന്മാര് ഭഗവാന്റെ ആൾക്കാരെന്നും അസുരന്മാര് ഭഗവാന്റെ ആൾക്കാർ ഭഗവാൻ അങ്ങനെ ഇല്ല അതുകൊണ്ട് സുഹൃത്ത് എന്ന് ആരെങ്കിലും ചിലരെ എണ്ണുന്നുവെങ്കിൽ അവൻ ആരെ എണ്ണുന്നു ശത്രുവിനെയും കൂടെ കൂട്ടത്തിൽ എണ്ണുകയാണ് അതിൽ അമ്മാവൻ അച്ഛൻ ഗുരുക്കൻ ഇത്യാദികളൊക്കെ പറയുമ്പം ആ അഹിംസയുടെ പരമമായ തലത്തിലേക്ക് ഉയരുന്ന ഒരുവന് ന ബന്ധുർ നൈവശിഷ്യ ന ഗുരൂർ ന പുത്ര ന ബന്ധു മിത്ര കളത്ര ഇത്യാദികളെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ എന്റേത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റേത് അഹമേഷാം മമ ഏത് ഇത് ഹിംസയാണ് ഇതാണ് ഹിംസ ഇതാണ് നാം നാം ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകം ഇത് നാം മറ്റുള്ളവരെയും കൊല്ലുന്നു നമ്മെ തന്നെ കൊല്ലുന്നു എന്ന് പറയാം ഇതിനെതിരാണ് ഭഗവാൻ അപ്പൊ അജ്ഞാനജന്യമായിട്ടുള്ള ചിലതിനെ ഇല്ലായ്മ ചെയ്താൽ അല്ലേ അർജുനൻ ഭഗവാൻ്റെ കൈകളിലേക്ക് വിഴുള്ളൂ ശരിക്കും അങ്ങോട്ട് വീണിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് അർജുനൻ ഇവിടെ ബാഹ്യമായി നമുക്ക് അർജുനൻ അഹിംസയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നാമെങ്കിലും സൂക്ഷ്മമായി അന്വേഷണത്തെ എന്താ പറയുക നമ്മൾ അടിയിലേക്ക് അതിന്റെ അഗാധതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിംസാത്മകൻ തന്നെയാണ് അർജുനൻ എന്തുകൊണ്ടെന്നാൽ എന്റേത് എന്ന ചിന്ത ഉണ്ടായി അഹിംസയില് എന്റേത് എന്ന ചിന്തയെ ഉണ്ടാവില്ല അഹിംസാവാദിക്ക് ഒരിക്കലും എന്റെ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല ഇത് മാത്രമേ ഉള്ളൂ അർജുനന്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പറഞ്ഞത് എന്ത് പറഞ്ഞത് അവരെന്നെ കൊന്നോട്ടെ ഭഗവാൻ അതിനും എതിരോ അനുകൂലമോ അല്ല അതുകൊണ്ട് ഇനി കൃഷ്ണന്റെ പാർട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അർജുനന്റെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കൃഷ്ണന്റെ ഭാഗം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ് നാസതോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരഭി ദൃഷ്ടോന്ത സ്വനയോ തത്വദർശിബി തത്വദർശികൾ ഈ സത്യം കണ്ടിട്ടുണ്ട് ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്കുണ്മയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയും ഇതൊക്കെ തന്നെയാണ് നിങ്ങളൊരൻപത് കൊല്ലം കൂടെ കാത്തിരിക്കുമെങ്കിൽ ഒരമ്പത് കൊല്ലം കൂടെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിച്ചാൽ ആ അൻപത് കൊല്ലത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ശാസ്ത്രകാരൻ വളരെ വ്യക്തമായി ബുദ്ധൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ യാജ്ഞവൽക്യൻ്റെ ഭാഷയിൽ നജികേതസിൻ്റെ ഭാഷയിൽ ഉദ്ധാലകൻ്റെ ഭാഷയിൽ മൈത്രേയൻ്റെ ഭാഷയിൽ ശുഗൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കും സംസാരിച്ച് മതിയാവും ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്വാമിയുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഇലിയ പ്രിഗോജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ ശാസ്ത്രകാരൻ നോബൽ സമ്മാന ജേതാവാണ് അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഭാരതത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹവുമായിട്ടൊരു സംവാദം സുഹൃത് സംവാദം എന്ന് പേരിൽ ഒരു ആരാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് സ്വാമി ഓർക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം ഇലിയ ഇലിയ യൂറോപ്യനാണ് യൂറോപ്യൻ നോബൽ സമ്മാന ജേതാവ അദ്ദേഹവുമായിട്ടുള്ള സംവാദം അതിൽ അദ്ദേഹം യൂറോപ്യനാണ് നോബൽ സമ്മാന ജേതാവാണ് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഉപനിഷത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കാരണം ഞങ്ങളെന്ന് പറയാൻ തുടങ്ങി ശാസ്ത്രകാരന്മാർ ഞാൻ എന്നതൊക്കെ വിട്ടു പണ്ട് ഞാൻ കണ്ടെത്തി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനത് സത്യം കണ്ടെത്തി ഇന്ന് പോയി ഇപ്പൊ ഈ ലിയാ പ്രിഗോജിനെ പോലുള്ള ശാസ്ത്രകാരന്മാർ പറയുന്നു ഉപനിഷത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ അതായത് ഈ പ്രപഞ്ചം ഒരു ചക്രമായിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ നോ പഠിക്കാൻ ശ്രമിച്ചത് ആ ചക്രത്തെ മാറി നിന്ന് നോക്കുന്ന ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ആ ചക്രത്തിൽ ഉൾപ്പെട്ടതാണെന്ന് ഇപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങളും കൂടെ അതിൽ ഉൾപ്പെട്ടിരിക്കണോ ഈശാവാസി ഉപനിഷത്തിലെ മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശാവാസി ഉപനിഷത്തിലെ മന്ത്രങ്ങൾ അദ്ദേഹം പറയുകയായിരുന്നു ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് അങ്ങയെ പോലുള്ള ശാസ്ത്രകാരന്മാരുടെ അടുത്ത പദ്ധതി എന്താണ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയാണ് ഭൗതികതയുടെ മുന്നേറ്റത്തിൽ ചോർന്നു പോയ ആധ്യാത്മികതയുടെ വീണ്ടെടുക്കലാണ് എന്ന് അതുകൊണ്ട് ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രകാശഗോപുരങ്ങളാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പലതും ഋഷിക്ക് വളരെ എന്താ പറയാ ഋഷി മനസ്സിൽ അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു മന്ത്രം തതേ തദ്ൂരെ തത് അന്തികെ തത് ഏജതി തത് ന ഏജതി അതിളകുന്നു അതിളകുന്നില്ല അത് ദൂരത്താണ് അതടുത്താണ് തത് സർവസ്യാസ്യ ബാഹ്യതഹ തത് സർവസ്യ അന്തഹ അതെല്ലാറ്റിൻ്റെയും പുറത്താണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലാണ് ഒരണുവിനെക്കുറിച്ച് പഠിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഈ ഋഷിയുടെ വചനം ഞങ്ങളേറെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്നു അപ്പൊ ഇനി ഒട്ടും താമസിക്കാതെ അവർ ഈ എന്താ പറയുക ഈ ഭാഷ സംസാരിച്ച് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നാസദേ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദ ഉഭയോരഭി ദൃഷ്ടോന്ത സ്വനയോ തത്വദർശിവി ഭാരതം പണ്ടേക്ക് പണ്ടേ തത്വദർശികളാരാണ് എന്ന് പറഞ്ഞിരിക്കണോ അനുഭവപ്പെടുത്തിയവര് ശ്രദ്ധിക്കുക അതുകൊണ്ട് കുറച്ചൊരു ശാസ്ത്ര അതായത് ഭൗതിക ശാസ്ത്രവും കൂടെ ഈ എന്താ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ പുതിയ കണ്ടെത്തലുകൾ എന്തൊ എന്താണ് ഈ വിശ്വത്തെ ആധുനിക ശാസ്ത്രകാരൻ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു മായ എന്ന് പറയുന്ന വേദാന്തിയുടെ മായയും ശാസ്ത്രകാരൻ്റെ ശാസ്ത്രകാരൻ അതിനെ കാണുന്നതും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാനോ കേൾക്കാനോ വായിക്കാനോ ഒക്കെ ഒരു ശ്രമം കൂടെ നടത്തിക്കോളും നല്ലതാ കൂട്ടത്തിൽ വെറും ഞാൻ രാമായണെ ഭാഗവതയെ ഗീതയെ വായിക്കൂ എന്ന് പറഞ്ഞാലൊന്നും കാര്യം ചിലപ്പോൾ പിടികിട്ടില്ല ചിലപ്പോൾ നമുക്കങ്ങനെയുണ്ട് ഈ ആധ്യാത്മികവാദികൾ വേറെ ഒരു പുസ്തകവും വായിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും അത് മനസ്സിലാവാതെ പോകുന്നത് ഒറ്റതും കൂടെ വേഗത്തിൽ മനസ്സിലാവും സ്കൂളില് കുട്ടിയോട് എന്താ എന്തോ കഥ പറഞ്ഞു കൊടുത്തു കഥ പറഞ്ഞ സമയത്ത് കുട്ടി വീട്ടിൽ വന്നിട്ട് പറയുന്നത് വേറൊരു വിധത്തിലാണ് അതായത് പുരാണത്തിലെ കഥയാണ് ഞായറാഴ്ച മതബോധ ബോധവത്കരണ ക്ലാസ്സിൽ വിട്ടതാണ് കുട്ടിയെ അപ്പോ ധ്രുവന്റെ കഥയാണ് പറഞ്ഞു കൊടുത്തത് ധ്രുവകുമാരൻ സത്യാന്വേഷണത്തിന് പോയ കഥ അപ്പൊ കുട്ടി പറഞ്ഞു കൊടുത്തു എന്താ മോനെ പഠിപ്പിച്ചത് അമ്മ എമ്മ ചോദിച്ചു എന്താ കുട്ട പഠിപ്പിച്ചത് ഇന്ന് അവിടെ അപ്പോൾ പറഞ്ഞു അമ്മേ ധ്രുവൻ എന്ന് പറഞ്ഞൊരു ചെത്ത് പയ്യനുണ്ടായിരുന്നു ആഹാ അത് ശരി ആ എന്നിട്ടവൻ അവൻ എന്ത് അവനും അവൻ്റെ കുറച്ച് ടീമായിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എന്നിട്ട് അവൻ ഔട്ടായി അവന് ഭയങ്കര വിഷമായി എന്നിട്ട് അവൻ പോയിട്ട് അവൻ്റെ ഡാഡിയുടെ മടിയിൽ കയറിയിരുന്നപ്പം അവൻ്റെ സെക്കൻഡ് മമ്മി വന്നിട്ട് ഒരറ്റ തള്ളു അവൻ കമഴ്ന്നു വീണു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അമ്മ ചോദിച്ചു ഇങ്ങനെയാണ് അവിടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഇങ്ങനെയല്ല പിന്നെ എന്താ നീ ഇങ്ങനെ പറയണ അയ്യോ അമ്മേ അവിടെ പറഞ്ഞു എന്നതുപോലെ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല അവന് പോലും അറിയാം ഇതെങ്ങനെ കേൾക്കണം എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരു ശ്രമം നല്ലതാ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറച്ചൊരു ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ സ്വാമി പറയണേൽ കണ്ണടച്ചു ഇങ്ങനെ ഇരിക്കലല്ല ഈ ശ്ലോകത്തെ ഒന്ന് മനനം ചെയ്യുക എന്നിട്ടൊന്ന് ഒന്നൊന്നൊന്ന് ആലോചിക്കുക ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇതൊന്നും അറിയാതെ പോയി കഴിഞ്ഞാൽ മുൻപിലേക്ക് പോകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും പിന്നെ എവിടെ വെച്ചാൽ എന്തൊക്കെയാ എന്താ വെളിപ്പെട്ട് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അത് ഇരിക്കട്ടെ ഇനി ആ വിഷമത്തിൽ ഇനി അയ്യോ സ്വാമി ഇനിയിപ്പോൾ ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്നാ പിന്നെ നാളെ മുതൽ ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചേക്കരുത് ചൂണ്ടായിട്ട് വന്നോളാം സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കൊത്തും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അത് അവിനാശിയാണെന്നറിയൂ അവിനാശി തു തദ്വിധി ഏന സർവമിതം തദം വിനാശം അവ്യയ സ്യാസ്യ കശ്ചിത് കർത്തുമർഹതി ഇതൊക്കെ ഭഗവാൻ അടിസ്ഥാനമായിട്ടുള്ള ആ സത്യത്തെ അങ്ങോട്ട് അനാവരണം ചെയ്തു കൊടുക്കുക പിന്നെ ഭഗവാൻ വളരെ സാവകാശത്തില് പറയുന്നു യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗതൗന്ന വിജാനീതഹ നായം ഹന്തിന ഹന്യതേ ആരാണോ ഇതിനെ കൊന്നുവെന്നും ആരാൽ കൊല്ലപ്പെട്ടുവെന്നും അറിയുന്നത് അവൻ കാര്യമറിയുന്നില്ല തുടർന്ന് न जायते मियते वाचि ना भूवा भविताूय अजो निय पुराण नने शरी न जायते മൃിയദേ വിഭശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവകശിത് അജോ നിത്യ ശാശ്വതോയം പുരാണ ന ഹന്യദേ ഹന്യമാനേ ശരീരെ സ്വാമി അങ്ങനെയല്ലല്ലോ അല്ല കടോപനിഷത്തിൽ ഇങ്ങനെയാണ് കടോപനിഷത്തിലെ മന്ത്രം ഭഗവാൻ അതുപോലെ അവതരിപ്പിക്കുക കഠോപനിഷത്തിൽ ഇത്രയുള്ളൂ വ്യത്യാസം ന ജായതേ മൃയദേ വാ വിഭശ്ചിത് അർത്ഥക്കൊന്ന് തന്നെയാ നായം കുതശ്ചിന്ന ബഭൂവകശ്ചിത് അജോ പുരാണോ ന ഹന്യതേ ഹന്യമാനെ ശരീരെ എന്താ രണ്ടാം വല്ലിയിൽ പതിനെട്ടാമത്തെ മന്ത്രം ആണ് എന്ന് തോന്നുന്നു പതിനെട്ടോ പതിനേഴോ പതിനെട്ടോ പത്തൊൻപതോ അപ്പൊ ഉപനിഷത്താണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് വ്യാസ ഭഗവാൻ അവതരിപ്പിക്കുന്നു അപ്പൊ വ്യാസഭഗവാൻ ഉപനിഷത്തിനെ ഭഗവത്ഗീതയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെയൊക്കെ വെച്ച് ഒന്ന് രഥകൽപ്പനയൊക്കെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ നല്ലതാണ് അപ്പൊ കടോപനിഷത്ത് ഭഗവത്ഗീതയുമായി ചേർന്നിരിക്കുന്നു എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം ഇതാണ് അപ്പൊ എന്തായാലും ആത്മാനം രഥിനം വിദ്യ ശരീരം രഥമേവതു എന്ന ഋഷിയുടെ കണ്ടെത്തൽ വ്യാസഭഗവാനെ സ്വാധീനിച്ചിരിക്കാം